അന്തരതിനിരുപാതീനമചിന്യവൈഭവം തം നരം വപുഷി കുഞ്ചം മുഖേ മന്മഹേക്ക്ന്തിലം മഹാ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വര ഗുരുസക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാഗ്മേതീ മൂർത്തിഭേദവിഭാഗിനീ വ്യോമവ്യാത്തമൂർത്തേ നമ യന്തിമി കരചരണം നമഗോത്രം നൂത്രം നോ ജാതിന്വതി പുരുഷോ നസം നീ നൈവാരം ഹി ജനമരണം നാപം തം നോ തഹജ സമരസം സദ്ഗുരു തം നമു സദാശിവസമാരംഭാ ശങ്കചാര്യമധ്യമാ അസ്മദാര്യപര്യ വന്ദേ ഗുരുപരംപരാവ്യകട്രഹ്മത്തും യുവാനർഷിഷന്വ സദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷ്ട ആചാര്യേന്ദ്രം കരകലിത ചിന്മുദ്രമാനന്ദമൂർത്തിമാമം മുദിത വനം ദക്ഷിണമൂർത്തിമീഡേ േവിഭാസകാതയേ ശാത്തതിനഗേന്ദ്രസംഘപവേ യോഗീന്ദ്രവ്യ മോഹധ്വാന്തതികരാ ഭഗവത്പാദിതേ തസ്മൈ ഭാഷ്യമോസ്തു സതതം പൂർണ്ണാ ബോധാത്മനി അപാരസിത്സുഖവാരിരാശേ യോർമിമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണ ഗീരം ചിന്വിഹീനം ഹൃതി ചിന്തയാഹം മൃണ്മയവ്ജടാത്മകഹം ബുദ്ധിത്തോഹം തദ്ധാത്മസദ്ഭാവത കോഹം ഭാവയു കു വരധിയ ദൃഷ്ട്വാത്മനിഷ്ടാത്മനം സോഹം സ്ഫൂർത്തിതയാ അരുണാചലശിവർണോ വിഭാതി സ്വയം കരുണാൂർണസുധേ കവളിതഘന വിശ്വകിരണാവലിയ അരുണാചല പരമാരുണോഭവ ചിത്തകുവി രുണാചലസം ഭൂ സ്ഥിവാ പ്രലീനമേതം ഹൃദ്യഹിത്മതയാ നൃത്യോ വദന്തി ഹൃദയം നമ അഹമിതി കുത ആയാതീയന്വിഷ്യന്ത പ്രവിഷ്ടയാമലധിയവഗമ്യസ്വം ൂപം ശാമ്യരുണാചലത്വ നദീവാബൗ തഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസം പശ്യതി യോഗീദീധിതിരുണാചലി മഹീയം തേ ർപ്പമനസ പശ്യൻ ശം തമാകൃതിരയാ സതതും ഭജത്തെ അനന്യീ സജയത്യണാചലി സുഖേ മഗ്ന ഹൃദയകുഹരമധ്യേ കെയലം ബ്രഹ്മമാത്രം ഹ്യഹമഹ സാക്ഷാ ആത്മരുപേണ ഭാതി ഹൃദി വിഷമനസാ സ്വ ചിന്വതമ പവനചലന റോദ്ഷ്ടോഭവോണഭം സോമകലാവതം സമ്പസ്ഫുര പഞ്ചസരേക്ഷുചാ പ്രാണപ്രിം നൗമുണേ കോണത്രയസ്തം കുലദൈവതം നഹം നമുയാമി ഭസന്ർവാപണസുധാനീഡോത്തംസിത ചുക്കലി ചഞ്ഞ്ജക്ഷി ഭാസ്വരോ ലീലാദഗ്ധവിലോല കാമശലഭശ്രേയോദാഗ്രേ സ്ഫുരൻ അന്തസ്ഫൂർജതപാരമോഹതിര പ്രാഗ്ഭാരമുച്ചാടയൻ ചേട്ട സദ്മനിഗി വിജയത്തെ ജാനപ്രദീപോഹര ശാരദാ ശാരദോജപതാസ്മാക്കും സന്നധി സന്നിധിം കിയാത് രാകാതിപദനാദിരാജസ്തു മൂക്കാമപുരവാഗൈഭവം ശ്രീകാക്ഷീനഗരീ വിഹാരരസി ശോകാഹന്ത്രീ സമേകാ പുണ്യപരം പരാ പശുപത്തെ ആകാരിണീ രാജത്തെ യോന്ത് പ്രവിശ്യമമവാചമസുപ്ത സഞ്ജീവയഖില ശക്തിധരസ്വധ്യംശ്രവണത്വീൻ പ്രാണന്നോ ഭഗവേ പുരുഷാ യുഭ്യം ത്പാദുജമർയാമി പരമം ം ചിന്തയാമ്യന്വഹം മീശം ശരണം വ്രചസ മേവാചോ ഭീക്ഷാ മേദിശചക്ഷുഷീം സകരുണ ദിരം പ്രാർത്ഥിത ശംഭോ ലോകഗുരോ മദീയമനസൗഖ്യോപദേശം പാർ പ്രതിബോധിതായണേന സ്വയം വ്യാസന ഗ്രഥിതം പുരാണമുനി മധ്യേ മഹാഭാരത അമൃതവർഷിണവധ്യം അനുസാമി ഭഗവത്ഗീതീ നമോസ്തുേ വ്യാസവിശാലുദ്ധേ ഫുല്ലേത്രന യാതൈലൂർണ പ്രജ്വാലി ജാനമയ പ്രദീപ്രപന്നിജാ തോത്രവേത്രൈകബാണയേ ജാനമുദ്രാ കൃഷ്ണ ഗീതാമൃതുഹേ നമ ോപനിഷദോ ഗാവോ ദുധാഗോനന്ദന പാർോ വത്സുധീർഭോക്തം ഗീതമൃതം മഹതി വസുദേവുത ദിവസാണൂരമർദന ദകീ പരമാനന്ദം കൃഷ്ണ വന്ദേ ജഗദ്ഗുരു ഭീഷ്മദ്രോണതടാജയദ്രഥജലാ ഗാന്ധാരനീലോ ശല്യവേണ വഹല കർേന വേളാകുലാ അശ്വത്ഥമ വികന്മഘോരമകരാധനാവർത്തി പണ്ടവൈനീ ക പാരാശര്യവ സരോജമലം ീതന്ധോത്കണം നഖ്യാനകേസരം ഹരികഥ സമ്പോധന ബോധോക സജ്ജനഷടൈരഹര പേപീയമാനം മുതാ ഭൂയാത് ഭാരതപങ്കജം കലിമല പ്രധ്വംസിന് सिनश्रेयसे മൂക്കം करोति വാചാ പങ്കും ലംഘയത്തെ ഗിരി യമഹം വന്ദേ പരമാനന്ദമാധവം എം ബ്രഹ്മാവരുണേന്ദ്രരുദ്രമരുത സ്തുവിൈസ്തവൈ വേദൈസ്മോപനിഷദൈ ഗായ ധ്യാസ്ഗത മനസാ പശ്യം യോഗിനോ യന്തം ന വിദുസുരാസുരഗണാ തസ്മൈ നമ പാർത്ഥസാരതിരുപേണ ശ്രാവയ ശുഭിരം പാർത്തയാർത്തിഹരോ ദഹം കൃപമൂർത്തിനെ എട്ട് ദിവസമായിട്ട് ഭഗവത്ഗീത പറഞ്ഞ് കേട്ട് നമ്മളൊക്കെ വെളിയിൽ നിന്നും ഉള്ളിലേക്ക് വന്നു ഇടയിലൊക്കെ ഉള്ളിൽ വന്ന് പിന്നെയും വെളിയിൽ പോയി അവസാന ഉള്ളിലേക്ക് വന്നു അന്തർമുഖമായിരുന്നു വ്യവസായാത്മിക ബുദ്ധി ശ്രീമദ് ഭഗവത്ഗീതയുടെ മുഴുവൻ സാരം ആണ് ഈ രണ്ടാമത്തെ അധ്യായം സാഖ്യയോഗം ഈ സാഖ്യയോഗത്തിനെ വിസ്തരിച്ചതാണോ ബാക്കിയുള്ള അധ്യായങ്ങളൊക്കെ തന്നെ ആ സാഖ്യയോഗത്തിൽ ഭഗവാൻ വളരെ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വ്യവസായാത്മിക ബുദ്ധി എന്നൊരു വിഷയം വ്യവസായാത്മിക ബുദ്ധി എന്നുവെച്ചാൽ നമ്മളുടെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് അറിഞ്ഞ് നല്ലവണ്ണം ഉറച്ച നിശ്ചയമുള്ള ബുദ്ധി അതിന് ഭഗവാൻ വ്യവസായാത്മിക ബുദ്ധി അങ്ങനെ ഉറച്ചിട്ടുള്ള ബുദ്ധി ചലിക്കാത്ത ബുദ്ധി അതായത് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ് എന്ന് ബുദ്ധിയിൽ അകമയ്ക്ക് ഒരു ഇൻസൈറ്റ് ഉണ്ടാവുക അങ്ങനെയുള്ള ആളുടെ ജീവിതത്തിനും അങ്ങനെ അല്ലാത്ത ആളുടെ ജീവിതത്തിനും ഒരുപാട് വ്യത്യാസമുണ്ട് ആർക്ക് അത്തരത്തിൽ ഒരു ലക്ഷ്യം കണ്ടുകഴിഞ്ഞു ഉപനിഷത്ത് ഇതിനെക്കുറിച്ച് പറയുന്നു ബുദ്ധൻ ഇതിനെക്കുറിച്ച് പറയുന്നു വളരെ പ്രധാനമായി ബുദ്ധനും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ലോകത്തിൽ അഥവാ ആധ്യാത്മികത്തിൽ നമ്മൾക്ക് രണ്ട് തരത്തിലാളുകളെ കാണാം അതില് അധ്യാത്മികം പറയാൻ പാടില്ല അതായത് രണ്ടു വിധത്തിൽ നമ്മളുടെ ആളുകളെ തരംതിരിക്കാം ഒന്ന് മതം ഒന്ന് അധ്യാത്മികം റിലീജിയൻ ആൻഡ് സ്പിരിച്വാലിറ്റി റിലീജിയൻ എന്ന് വെച്ചാൽ അതിലെല്ലാം ഉണ്ടാവും മതം എന്ന് പറയുമ്പോ അതിലെല്ലാം ഉണ്ടാവും അതിൽ ലൗകികവും ഉണ്ടാവും അതിന്റെ കൂട്ടത്തിൽ ഈശ്വരനും ഉണ്ടാവും സ്പിരിച്വാലിറ്റി അധ്യാത്മികം എന്ന് പറയുമ്പോൾ അവിടെ ഈശ്വരന് മാത്രമേ പ്രാമുഖ്യമുള്ളൂ ഈ അധ്യാത്മികമായിട്ട് ഉള്ള ഒരു ജീവനെയാണ് അങ്ങനെയുള്ള ആളെയാണ് ഭഗവാൻ വ്യവസായാത്മികാ ബുദ്ധി എന്ന് പറഞ്ഞത് അയാൾക്ക് എന്താ വൈശിഷ്ട്യം അങ്ങനെയല്ലാത്ത ആൾക്കെന്താ കുഴപ്പം എന്നുവെച്ചാൽ ഭോഗൈശ്വര്യ പ്രസക്താനാം തയാ അപഹൃതചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാധിധീയത്തെ പറഞ്ഞ കാര്യമാണ് ഇതിന്റെ ഒരു കൺക്ലൂഷനായിട്ട് അത് എടുത്തു പറയുന്നു അവർക്ക് ഈ ബുദ്ധിയില് ഒരു മെസ്സേജ് ഒരു സന്ദേശം കിട്ടുന്നു ബുദ്ധൻ അതിന് സന്ദേശം എന്നാണ് പറയണത് വേദാന്തികളും പറയുന്നു ശ്രവണായാവി ബഹുബെറിയോണലഭ്യാഹം കേൾക്കാൻ പോലും അനേക സഹസ്ര ആളുകൾക്ക് കിട്ടാത്ത ഒരു സന്ദേശം ആദ്യം അത് ചെവിയിൽ വീണ് അകമേ ചെന്ന് മുമുക്ഷുത്വമായി മാറി പുറമേക്ക് ഒരു ഗുരുവിന്റെ രൂപമെടുത്തു വരും ആ സന്ദേശം എന്താണ് എന്ന് വെച്ചാൽ സാധാരണ ലോകത്തിൽ ഒരിടത്തും കിട്ടാത്ത സന്ദേശം ലോകത്തിൽ എന്ത് കിട്ടും ഉണ്ണണം ഉറങ്ങണം സമ്പാദിക്കണം ജോലി നോക്കണം കല്യാണം കഴിക്കണം എല്ലാരെയും പോലെ ലോകത്തിലിരിക്കണം അല്ലെ ഗതാനുഗതികോ ലോകോക പരമാർത്ഥിക ലോകം കുറെ ആളുകൾ മുൻപേ പോയ ജനങ്ങളുടെ പുറകെ പോണത് മാത്രമേ ലോകത്തിൽ കാണാൻ കിട്ടുകയുള്ളൂ ഒരാളും വിസ്താര വ്യത്യാസമായിട്ട് ലോകത്തിൽ സഞ്ചാരത്തിന് ഇഷ്ടപ്പെടുന്നവരല്ല ലോകത്തില് ഗതാനുഗതിക ലോകഹ ലോക പാരമാർത്ഥിക ഒരു ബ്രാഹ്മണൻ പറഞ്ഞ ശ്ലോകമായത് അദ്ദേഹം ഒരു പരിവ്രാജക ബ്രാഹ്മണൻ കയ്യിലൊരു ചെമ്പുപാത്രം മാത്രമേ ഉള്ളൂ അതിൽ തന്നെ ഭിക്ഷ വാങ്ങിക്കും അതുകൊണ്ട് സന്ധ്യാവന്തനാദികൾ കഴിക്കും ആ ചെമ്പുപാത്രവും കൊണ്ട് അദ്ദേഹം കാശിക്ക് പോയി കാശിക്ക് പോയപ്പോ ഗംഗയുടെ തീരത്തില് ഈ പാത്രം വെച്ചിട്ട് ഗംഗയിൽ മുങ്ങാനിറങ്ങിയതാണ് അപ്പൊ കരയ്ക്ക് വരുമ്പോഴേക്കും ആരെങ്കിലും പാത്രം എടുത്തുകൊണ്ടുപോയാലോ എന്ന് പറഞ്ഞിട്ട് ആ പാത്രത്തിനെ മണലിൽ കുഴിച്ചു വെച്ചു എന്നിട്ട് കുളിച്ചു കയറിയാൽ കണ്ടുപിടിക്കണമല്ലോ അതിനായിക്കൊണ്ട് ആ കുഴിച്ചു വെച്ച സ്ഥലത്ത് മണ്ണുകൊണ്ട് ഒരു ശിവലിംഗം പോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചു കുളിക്കാനിറങ്ങി ഇദ്ദേഹം ഉണ്ടാക്കണത് കുറെ ആളുകൾ കണ്ടുകൊണ്ടിരുന്നുണ്ട് അവരൊക്കെ വിചാരിച്ചു ഇതുപോലെ മണ്ണ് കൊണ്ട് ലിംഗം പിടിച്ചിട്ട് വേണം കുളിക്കാൻ ഇയാള് ഗംഗയിൽ നിന്നും കുളിച്ച് കറക്കി കയറി വരുമ്പോ തടത്തിലും മുഴുവൻ മണ്ണുകൊണ്ടുള്ള ലിംഗം ഇയാള് പറഞ്ഞു ഇതാണ് ലോകം എന്നാണ് ഗതാനുഗതിക്കോ ലോക നലോക പാരമാർത്ഥികൈഗതലിംഗേഷു നഷ്ടം മേ താമ്രഭാജനം ഗംഗയുടെ ഈ മണൽത്തിട്ടിൽ എന്റെ ചെമ്പുപാത്രം പോയി അതാണപ്പോ ഉണ്ടായത് എല്ലാരും ഒരാള് കാണിച്ചാൽ പുറകെ കാണിക്കുക ഈ കണ്ട് നോക്കി നിൽക്കണവരൊക്കെ ചിലപ്പോ തമിഴന്മാരായിരിക്കും തമിഴ്നാട്ടുകാരനാണോ ഇവിടെ എല്ലാം പണ്ടുവാ ഒരാൾ കാണിക്കുന്നത് കണ്ട എല്ലാരും പുറകെ കാണിക്കും തിരുവണ്ണാമലയിൽ ഞങ്ങൾ കാണുന്നതാണ് ഗിരിപ്രദക്ഷിണത്തിന് ഒരാൾ ചന്ദനത്തിന് പിടിച്ചുകൊണ്ട് പോയാൽ എല്ലാരും ചന്ദനത്തിന് പിടിച്ചുകൊണ്ട് പോകും ഒരാൾ കൈ ഉയർത്തിക്കൊണ്ട് നടന്നാൽ എല്ലാരും കൈ ഉയർത്തിക്കൊണ്ട് നടു എന്തിനാണെന്നറിയില്ല ഇതാണ് ലോക സ്വഭാവം സാധാരണമുള്ള ലോകത്തിന്റെ സ്വഭാവമാണ് ഒരാൾ കാണിച്ചതിന് വിപരീതമായിട്ട് കാണിക്കാൻ ഇഷ്ടപ്പെടില്ല ഒരാചാര്യൻ പറഞ്ഞു കുറേ ആളുകൾ നിധി അന്വേഷിച്ചുകൊണ്ട് പോകുന്നു ഒരു സ്ഥലത്തുകൂടെ നടന്നു പോകണം അവിടെ നിധിയുണ്ട് പോകുന്ന വഴിയിൽ ആദ്യ ഒരാൾ വഴിയിൽ ധാരാളം കുഴികളുണ്ട് അതിലൊരു കുഴിയിൽ വീണു വീണപ്പോ അയാൾക്കിപ്പോ കൈ കഷ്ടിച്ച് മേലെ എത്തിപ്പിടിക്കാം പക്ഷെ കയറാൻ പറ്റില്ല അപ്പൊ അയാൾ എന്ത് ചെയ്തു പുറകെ വരുന്ന ഒരാളോട് സഹായം ചോദിച്ചു അയാളെയും പിടിച്ച് വലിച്ച് ഇവര് തമ്മിൽ തല്ല ഈ കുഴിയുടെ ഉള്ളില് പറഞ്ഞു നമ്മൾ വീണില്ലേ ഇനി നമ്മൾ ഒത്തിട്ട് ഒരു കാര്യം ചെയ്യാം പുറകെ വരുന്ന ആളെയും വലിച്ചിട അപ്പൊ പുറകെ വരുന്ന പിന്നെയും ക്യൂവിൽ വരുന്ന ആളെ വലിച്ചിട്ടു ഇങ്ങനെ വരുന്നവരെയൊക്കെ വലിച്ച് ഇവര് കുഴിയിലിട്ടു കുറെ കഴിയുമ്പോ ഈ ക്യൂവിൽ ബാക്കിലുള്ളവരൊക്കെ കാണുന്നു പോകുന്നവും പോകുന്നവും കുഴിയിൽ ചാടുന്നു അവര് തീരുമാനിച്ചു കുഴിയിലാണ് ചാടേണ്ടത് ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ പുറകെ വരുന്നവരൊക്കെ ആ കുഴിയിൽ പോയി ചാടി ഇനിയിപ്പോ അതിൽ അല്പം ബുദ്ധിയുള്ള ഒരാള് ഈ കുഴിയിൽ ചാടരുത് ഇത് അപകടമാണ് ഇത് മടയത്തരം ആരോ വീണത് കൊണ്ട് ബാക്കിയുള്ളവരെയൊക്കെ വലിച്ചിട്ടതാണ് വേറെ വഴിക്ക് നടക്കണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് കീർക്കാണെന്ന് പറയുന്നു ഇതാണ് ഗതാനുഗതികോ ലോകഹാനോകാര ലോകം ഒരാള് പോയാൽ അത് അബദ്ധമാണെങ്കിലും ആ വഴി തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ലോകത്തിന്റെ സ്വഭാവം അപ്പം അവർക്ക് എന്തൊക്കെയാ മുഖ്യം ലോകത്തിലെ സ്വഭാവം അവർക്ക് ഭോഗം സമ്പത്ത് സ്ഥാനമാനങ്ങൾ ഇതൊക്കെയാണ് ജീവിതത്തിൽ പ്രധാനം എന്ന് കരുതിയാൽ അവന്റെ മനസ്സ് സമാധിയിൽ നിൽക്കില്ല എന്നാണ് സമാധി എന്ന് വെച്ചാൽ ശാന്തി എന്നർത്ഥം കൊടുത്താൽ മതി വേറെ ഒന്നും കൊടുക്കണ്ട വേറെ എന്തെങ്കിലും കൊടുത്താൽ തെറ്റിപ്പോവും ഈശ്വരൻ എന്ന കൊടുത്താൽ പോലും തെറ്റിപ്പോവും കാരണം ഈശ്വരൻ എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭാവന ചെയ്യും ഈശ്വരന്റെ സ്വരൂപം തന്നെ ശാന്തിയാണ് ഈശ്വര സാക്ഷാത്കാരം എന്ന് വെച്ചാൽ ചലിക്കാത്ത ശാന്തിയുടെ അനുഭവമാണ് ശാന്തോയമാത്മാ ശാന്തി സമൃദ്ധമൃതം ഇതി പ്രാചീന യോഗ്യോപാസ്വാം ശ്രുതി തന്നെ പറയുന്നത് ബ്രഹ്മത്തിനെ എങ്ങനെ ഉപാസിക്കണം എന്ന് ചോദിക്കുമ്പോ സമൃദ്ധമായ ശാന്തിയെ സ്വരൂപമായിട്ട് ഉപാസിക്കുന്നു അങ്ങനെ പറഞ്ഞാലേ നമുക്ക് അനുഭവത്തിൽ വല്ലതും പിടികിട്ടുള്ളൂ ശാന്തി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താ എപ്പോഴും ഒരു അല്പമെങ്കിലും അനുഭവിച്ചിട്ടുണ്ട് ആ ശാന്തിയാണ് ഭഗവാന്റെ സ്വരൂപം ഈശ്വര സ്വരൂപം അതുകൊണ്ട് ശാന്തിയാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് ആരും നിശ്ചയിച്ചിരിക്കുന്നുവോ അവനാണ് വ്യവസായാത്മിക ബുദ്ധിയുള്ളവൻ എന്ന് ഭഗവാൻ ഒരു പറ്റമാളെ പറഞ്ഞത് മറ്റുള്ളവന് അകമേയുള്ള ശാന്തിയെക്കാളും അവൻ പ്രാമുഖ്യം പുറമേയുള്ള സ്ഥാനമാനങ്ങൾക്കും ഭോഗത്തിനും ആളുകൾ നമുക്ക് തരുന്ന മര്യാദയ്ക്കും അതിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവന് ശാന്തി ഉണ്ടാവില്ല ഇതൊക്കെ കിട്ടും അതാണ് സമാധൂന വിധീയത്തെ അതല്ലവണ്ണം വിമർശനം ചെയ്ത് വിചാരം ചെയ്ത് നോക്കി ശാന്തിയുടെ മാർഗത്തിനെ തെരഞ്ഞെടുക്കണം എന്ന് ശ്രുതി ബോധിപ്പിക്കാം ശ്രേയശ് പ്രേയശ്ശ മനുഷ്യമേതരീത്യ വിവിനക്തിധീര തയോ ശ്രേയ ആദാന സാധുഭവതി ഹീയതേ അർത്ഥാ യീ കഠോപനിഷത് പറയുന്നു ശാന്തിയുടെ മാർഗവും മുമ്പിലുണ്ടാവും ശക്തിയുടെ മാർഗവും മുമ്പിലുണ്ടാവും പവർ ആൻഡ് പീസ് അധികം പേരും അവിദ്യ കൊണ്ട് പവറിനെ തെരഞ്ഞെടുക്കും അതിന് പ്രേയസ് എന്ന് പേര് പവർ നോക്ക എവിടെ നോക്കിയാലും പവറിന്റെ പുറകിൽ ഓടുന്ന ആളുകളാണ് ആർക്ക് പവർ വേണമോ അവർക്ക് പീസ് ഉണ്ടാവില്ല അവരുടെ മനസ്സ് പുറകേക്ക് പുറകെ പുറമേക്ക് സഞ്ചരിച്ചാലേ പവർ ഉണ്ടാവുള്ളൂ മനസ്സ് പുറമേക്ക് പോകും തോറും ഇറ്റ് വിൽ ബിക്കം മോർ ആൻഡ് മോർ ആൻഡ് മോർ പവർഫുൾ മനസ്സ് മൂലത്തിലേക്ക് പോകുമോറും ഇറ്റ് വിൽ ബിക്കം മോർ ആൻഡ് മോർ പീസ്ഫുൾ അപ്പോ പവർ വേണമോ മനസ്സിനെ പുറമേക്കുള്ള ഓരോ വസ്തുക്കളിലും പറഞ്ഞയച്ചാൽ അതിലൊക്കെ സ്വാധീനം ചെലുത്തണം അപ്പൊ പവറായി ശാന്തി വേണമോ പിടിച്ചിരിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ മനസ്സിനെ വിടുവിച്ചിട്ട് അതിനെ ഉള്ളിലേക്ക് അയക്കണം ഈ രണ്ടു മാർഗവും മനുഷ്യന്റെ മുമ്പിൽ വരും എന്നാണ് ഋഷി പറയണത് ശാന്തിയും ഒരു വശത്ത് കാണാം ശക്തിയും ഒരു കാണാം പക്ഷെ അറിവില്ലാത്തവൻ ശാന്തിയെ വരിക്കുന്നില്ല ശക്തിയെ വരിക്കുന്നു അറിവുള്ളവൻ ശക്തി എത്ര തന്നെ ആണെങ്കിലും അതിൽ എന്തൊക്കെ സുഖമുണ്ടെന്ന് തോന്നിയാലും അതിൽ എത്രയൊക്കെ വലിയ വലിയ പൊസിഷനൊക്കെ ഉണ്ടോ എന്ന് തോന്നിയാലും ആ ശക്തിയുടെ മാർഗത്തിനെ വേണ്ടാന്ന് വെച്ച് ശാന്തിയെ വരിക്കുന്നു ഇത് രണ്ടും വിവേകിയായ ഒരു മനുഷ്യന്റെ മുമ്പിൽ എങ്ങനെ നിൽക്കുന്നു തെരഞ്ഞെടുക്കേണ്ടത് ഈ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ് ഭഗവാൻ വ്യവസായാത്മിക ബുദ്ധി ആർക്കുണ്ടോ അയാള് ശാന്തിയുടെ മാർഗത്തിനെ വരിക്കും അയാൾക്ക് പാത്ത് ഒരേ ഒരു അയാളുടെ ചിത്രം ഏകമുഖമായി ഉള്ളിലേക്ക് പോകും ശക്തി വേണം എന്നുള്ള ആൾക്ക് ബഹുശാഖാഹി അനന്താശ ബുദ്ധയോ അവ്യവസായിന അനേക ശാഖകൾ ഏതൊക്കെ പൊസിഷൻ ഉണ്ടോ അതൊക്കെ നേടണം എത്ര ആളുകൾ സ്വാധീനത്തിൽ വയ്ക്കണോ അതൊക്കെ വയ്ക്കണം എല്ലാം നേടിയെടുക്കാനുള്ള ഈ മാർഗം ശക്തിയുടെ മാർഗം മനസ്സ് പലതരത്തിൽ പിരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഈ സിദ്ധികളൊക്കെ നേടുന്നവർക്ക് ശാന്തി ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം പതഞ്ജലി മഹർഷി സിദ്ധികളെ കുറിച്ചൊക്കെ പതഞ്ജലി യോഗസൂത്രത്തിൽ പറയുന്നു യോഗേ അന്തരായുദശായ യോഗത്തിന് അന്തരായമായിട്ടുള്ള ഉള്ളില് ശാന്തി നേടാൻ എന്തോ ഒരു തടസ്സം കാണുമോ അത്ര യോഗികൾ ആ യോഗം ചെയ്യുമ്പോൾ ആ തടസ്സം ഇവർക്ക് യുദ്ധാന ദശയിൽ സിദ്ധികളായിട്ട് അനുഭവപ്പെടും അകമയ്ക്ക് ഒരു എന്തോ ഒരു ഡിസ്റ്റർബൻസ് അതായത് കുറച്ച് സൂക്ഷ്മ തലത്തിലുള്ള ഡിസ്റ്റർബൻസ് പുറമേക്ക് സിദ്ധിയായിട്ട് അനുഭവപ്പെടും അപ്പൊ ഈ സിദ്ധികളൊക്കെ ഈ പവറിന്റെ പാത്ത് എന്തായാലും ശരി ന സുഖം ഇന്ദ്രശ്യാഹുഹു ന സുഖം ചക്രവർത്തിനഹ ഇന്ദ്രന് സുഖമില്ല ചക്രവർത്തിക്കും സുഖമില്ല സർവസംഗവിരക്തനായി ശാന്തിയെ മാത്രം കൊതിച്ചിരിക്കുന്ന മുനിക്കേ സുഖമുള്ളൂന്ന് അപ്പൊ ശാന്തി ആണ് ൾക്ക് ഈശ്വരൻ ശാന്തിയാണ് ആത്മ ഇങ്ങനെ പറഞ്ഞാൽ ആർക്കാണ് മനസ്സിലാവാത്തത് എവിടെയോ വൈകുണ്ഠത്തിലുണ്ട് അല്ലെങ്കിൽ കൈലാസത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം പോയി കാണാൻ ചിലർ വിശ്വസിക്കും ചിലർ വിശ്വസിക്കില്ല ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഭാവന ചെയ്യും ഏതോ ആലുമരത്തിൻ്റെ ചോട്ടിൽ ബുദ്ധൻ ഇരുന്നാൽ മാതിരി ഇരുന്നിട്ട് എന്തോ ഇവിടെ പുറകെ ഒരു വെളിച്ചം വന്നാൽ പോലെയോ എന്തെങ്കിലുമൊക്കെ തോന്നും ഈ ഒരു കൺഫ്യൂഷനും വേണ്ട ശാന്തി തന്നെ ആത്മസാക്ഷാത്കാരം ശാന്തി തന്നെ ഭഗവാന്റെ സ്വരൂപം ശാന്തി തന്നെ ഭക്തിയുടെ പരമ കാഷ്ഠ ഞാൻ പറഞ്ഞു വിചാരിക്കേണ്ട ഭാഗവതം പറയും തത പരാം ശാന്തി ഉപൈതി സാക്ഷാത് ഏകാദശ സ്കന്ധത്തിൽ നവയോഗികൾ പറയുന്നു ഭക്തിയുടെ അനേക ഭാവതലങ്ങൾ കടന്നുപോയാലും അവസാനം ചെന്ന് ലയിക്കേണ്ടത് പരമമായ ശാന്തിയിലാണ് ശാന്തിയാണ് ഈശ്വരന് ശരണാഗതി ചെയ്താൽ എന്ത് കിട്ടും ഗീതയിൽ ഭഗവാൻ പറയുന്നു തമേവ ശരണം പരാം ശാന്തി തമേവ ശരണം ഗച്ച് ആ ഹൃദയത്തിൽ സർവസാക്ഷിയായിരിക്കുന്ന ഭഗവാന് ശരണാഗതി ചെയ്യൂ ശരണാഗതി ചെയ്താൽ എന്ത് കിട്ടും ചോദിച്ചാൽ ാന്തിഥാനം പ്രാപ്സി ശാശ്വതം പരമമായ ശാന്തി ശാശ്വതമായ സ്ഥാനം ശാശ്വതമായ സ്ഥാനം എന്ന് വെച്ചാൽ ശാന്തിയാണ് ഒരു വികാരങ്ങളെയും നമുക്ക് ശാശ്വതമായി നിർത്താൻ പറ്റില്ല എന്തിന് ഭക്തിയുടെ വികാരങ്ങൾ പോലും പലതും ഉന്നതമായ വികാരങ്ങൾ വരുന്നുവല്ലോ ഒരു വികാരത്തിനെയും നമ്മളെ കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റില്ല ചീത്ത വികാരങ്ങൾ vannu പോകുന്ന പോലെ തന്നെ നല്ല വികാരങ്ങളും വന്നു പോകും മാത്രമല്ല എന്തെങ്കിലും ഒരു വികാരത്തിനെ നമ്മൾ വളരെ നേരം വെച്ചുകൊണ്ടിരുന്നാൽ യു വിൽ ഹാവ് നെർവസ് ബ്രേക്ക് ഡൗൺ ശരീരത്തിനെ കൊണ്ട് താങ്ങാൻ പറ്റില്ല വികാരങ്ങളൊക്കെ തന്നെ ടെൻഷനാണ് എല്ലാ വികാരങ്ങളും നല്ല വികാരങ്ങൾ എക്സ്ട്രസി സമാധി പറയുന്ന ഈ അനുഭവങ്ങൾ ഉണ്ടല്ലോ പൂർണ്ണമായ ബ്രാഹ്മിസ്ഥിതി ഒഴിച്ച് ബാക്കിയുള്ള സമാധി സ്ഥിതികളൊക്കെ ആളുകളെ ഒന്ന് തളർത്തും ക്ഷീണിപ്പിക്കും ശരീരത്തിനെ ബാധിക്കും ഒരു നമ്മളെ സ്പർശിക്കാതെ ഏറ്റക്കുറച്ചിലുകളില്ലാതെ തളർത്താതെ എത്ര നേരം വേണമെങ്കിൽ ഇരിക്കാം എന്നുള്ള ഒരേ ഒരു അനുഭവമേ നമ്മൾക്കുള്ളൂ ശാന്തി എന്നുള്ള ഒരേ ഒരു അനുഭവം ആ ശാന്തി നേടിയാൽ മാത്രം നമുക്കത് മണിക്കൂർ കണക്കോ ദിവസങ്ങൾ കണക്കോ എത്ര വേണമെങ്കിൽ ഇരിക്കാം അതിൽ തളരുവുമില്ല കാരണം അതിൽ അനുഭവിക്കുന്ന ഒരാളില്ല അനുഭവിക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അത് വികാരമായിട്ട് മാറും ശാന്തിക്കും വികാരത്തിനും ഇത്രയും വ്യത്യാസമുള്ളൂ ശാന്തിയിൽ അനുഭവിക്കുന്ന ഒരാളെ ചേർത്തിയാൽ വികാരമായി അപ്പൊ ഓ എത്ര സുഖമായിട്ടിരിക്കണമെന്ന് പറയും അപ്പൊ വികാരമാണ് അത് പോകാനുള്ളതാണ് മൊമെന്റ് യു എക്സ്ക്ലെയിൻ അത് പോകും ഗൗഡപാദാചാര്യർ പറയുന്നു ധ്യാനിക്കുമ്പോ ഒരു സുഖം ഏർപ്പെട്ടാൽ ആ സുഖത്തിനെ പോലും ആസ്വദിക്കാൻ അവിടെ നിൽക്കരുത് എന്നാണ് ആസ്വദിക്കണ ആളവിടെ ഉണ്ടെങ്കിൽ അത് പോയി പോകും ആസ്വാദയേത് രസം തത്ര നിസ്സംഗപ്രജ്ഞയാ ഭവേത് എന്നാണ് ആ രസത്തിനെ ആസ്വദിച്ചാൽ ഇപ്പൊ സത്സംഗത്തിലും നമുക്ക് സുഖം കിട്ടണമെങ്കിൽ അതിലൊരടക്കത്തോടെ ഇരുന്നോണം ഒരുപാട് എക്സ്ക്ലമേഷൻ നടത്തി അത് പോയി ആ എത്ര സുഖം എനിക്ക് ഇതും ഒരു അനുഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അറിഞ്ഞോളൂ പോയി പോകും വെച്ചാൽ ആള് പ്രബലമായിട്ട് അവിടെ ഈ അഹങ്കാരം എനിക്ക് കിട്ടി ഞാൻ അനുഭവിക്കുന്നു എനിക്ക് സുഖമുണ്ട് എന്നൊക്കെ തോന്നും അപ്പൊ അത് പിടിച്ചാൽ പിടിച്ചാൽ അത് നഷ്ടപ്പെട്ടു പോവും എന്താന്ന് വെച്ചാൽ ആ പിടിക്കുന്ന ആള് തന്നെ അപകടമാണ് അപ്പൊ ശാന്തി അനുഭവിക്കുമ്പോൾ അനുഭവിക്കുന്ന ആളില്ലാതെ ശാന്തിയെ അവിടെ ഉണ്ടാവാൻ പാടുള്ളൂ അങ്ങനെയാവുമ്പോ ആ ശാന്തിക്ക് നർവികൽപ്പസ്ഥിതി എന്ന് പറയാം ബ്രാഹ്മീ സ്ഥിതി എന്ന് പറയാം അന്തശീതളത വാശിഷ്ടം പറയുന്നു സമുദ്രസേവ ഗാംഭീര്യം സ്ഥൈര്യം മേരോരിവ സ്ഥിതി അന്ത ശീതളതാ ചെ ഇന്ദോഹോ ഇവ ഉദയതി വിചാരിണ ഈ ആത്മതത്വം കേട്ട് പതുക്കെ പതുക്കെ വിചാരം ചെയ്ത് ചിത്തത്തിൽ വന്നും പോയും കൊണ്ടിരിക്കുന്ന അലകളെ പതുക്കെ പതുക്കെ ശമിപ്പിച്ച് ഞാൻ ഉണ്ട് എന്ന് അനുഭവപ്പെടുന്ന ഉണർവ് ബോധം അത് ശുദ്ധ ചിത്തായിട്ട് വിസ് വികസിച്ച് തെളിഞ്ഞു പ്രകാശിക്കുമ്പോ അതിനെ വാശിഷ്ടം പറയുന്നു സമുദ്രസേവ ഗാംഭീര്യം അലയില്ലാത്ത ആഴി പോലെ ആഴം സ്ഥൈര്യം മേരോരിവ സ്ഥിതി വന്നു പോകുന്ന ഒരു സ്ഥിതിയല്ല മേരുപർവ്വതം പോലെ ഉറച്ച ഉറപ്പുറ്റ ഒരു അനുഭവം പിന്നെയോ അന്തശീതളത ആ ഉള്ളില് നല്ല ഒരു കുളിർമ പൂർണ്ണചന്ദ്രിക പോലെ ഒരു കുളിർമ്മ ഇതൊക്കെ തന്നെ പതുക്കെ പതുക്കെ ആത്മവിചാരണം ചെയ്യുന്ന ഒരു സാധകനിൽ വികസിച്ച് പ്രകാശിച്ചു തുടങ്ങണ പതുക്കെ പ്രകാശിച്ചു തുടങ്ങുന്നു ഈ അനുഭവ ദശകൾ ഒന്നൊന്നായി കടന്ന് അനുഭൂതി മണ്ഡലം തെളിഞ്ഞു വരുമ്പോ സമാധിയുടെ അനുഭവം തെളിഞ്ഞു വരുമ്പോൾ അതിനെ യോഗികൾ സമാധി അനുഭവം എന്ന് പറയുന്നു സമാധി എന്നുള്ളത് മറ്റൊന്നുമല്ല നമ്മളുടെ സ്വരൂപാനുഭവം തന്നെ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണോ ആ അനുഭവം പതുക്കെ തെളിഞ്ഞു വരുന്നതിനാണ് ശാന്തി സമാധി യോഗം ഈശ്വരാനുഭൂതി ആത്മാനുഭവം എന്ന് പല പര്യായ പദങ്ങൾ കൊണ്ട് പറയണത് അത് പതുക്കെ വികസിച്ച് വരുന്നു അതിന് ശാന്തി എന്ന് പേര് ഈ ശാന്തിയാണ് നമ്മളുടെ ലക്ഷ്യസ്ഥാനം എന്ന് നമുക്ക് തൽക്കാലം അങ്ങനെ ഒരു ശാന്തി ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഭഗവാൻ എന്തു പറയണെന്ന് വെച്ചാൽ ആദ്യത്തെ പടിയായി സങ്കല്പം ചെയ്തുകൊള്ള എന്താ സങ്കല്പം എന്തൊക്കെ തന്നെ എനിക്ക് പുറമേക്ക് നഷ്ടം വന്നാലും ശരി പുറമേക്ക് ലാഭം വന്നാലും ശരി എന്റെ ജോലി പണം സമ്പാദിക്കൽ കുടുംബത്തിലുള്ളവര് ഇതൊന്നും ശാശ്വതമല്ല നോക്കണം ഇത് ഫ്രാക്ച്വൽ ആണ് ഇറ്റ് ഇസ് നോട്ട് സം റൊമാന്റിക് എക്സ്പ്ലനേഷൻ ഓർ വേർഡ്സ് വെറുതെ എന്തോ വൈരാഗ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല സത്യം പരമാർത്ഥമാണത് അതുകൊണ്ട് അല്പം ഒന്ന് വിചാരം ചെയ്ത് ആദ്യമൊന്നും ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ ഉള്ളിൽ പറഞ്ഞുകൊള്ളുക അതിന് അർത്ഥം ഇതൊന്നും ഉപേക്ഷിക്കണമെന്നല്ല നമ്മൾക്ക് ഉപേക്ഷിക്കാനും ഇവിടെ ഒന്നുമില്ല പുതിയതായിട്ട് സ്വീകരിക്കാനും ഒന്നുമില്ല പക്ഷെ പരമാർത്ഥം മനസ്സിലാക്കിക്കൊള്ളുക ആര് എപ്പോ നമ്മളെ വിട്ടുപോകുന്നറിയില്ല നമ്മളുടെ ബന്ധുക്കൾ ജോലി എപ്പൊ നമ്മളെ ചതിക്കുന്നറിയില്ല പണം എപ്പോ എന്താവും പറയാൻ വയ്യ എന്തൊക്കെ സംഭവിക്കുന്ന ഇതൊന്നും പരമാർത്ഥമല്ല ഇതൊക്കെ വ്യവഹാരത്തിന് വേണ്ടി ഞാൻ ചെയ്യണു പക്ഷേ എനിക്ക് കഴിയുന്നതും വേഗം എന്തൊക്കെ തന്നെ ജോലി ചെയ്താലും എത്ര പണം സമ്പാദിച്ചാലും അതൊക്കെ പുറമേക്ക് നാടകത്തിൽ എന്ന പോലെ നടക്കുന്നു എനിക്കകമേക്ക് ചലിക്കാത്ത ശാന്തി നേടണം അതാണ് എന്റെ ജീവിത ലക്ഷ്യം എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഉള്ളില് ഒരു ടാബ്ലറ്റ് കഴിക്കണ പോലെ പറഞ്ഞോളൂ ആദ്യം അല്ലെങ്കിൽ പെട്ടുപോകും അല്ലെങ്കിൽ എന്ത് ധരിക്കുമെന്ന് വെച്ചാൽ ശാന്തിയെ കളഞ്ഞിട്ട് ഭോഗവും ഐശ്വര്യവും ഒക്കെ വാങ്ങിക്കണം അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പവറിന്റെ പുറകിൽ നമ്മൾ ഓടും ഭാഗവതത്തിൽ മാഹാത്മ്യത്തിൽ പറയുന്ന പോലെ കുപ്പിച്ചില്ല് കൊടുത്തിട്ട് ചിന്താമണി രത്നം വാങ്ങിക്കുന്നതിന് പകരം ചിന്താമണി രത്നം കൊടുത്തിട്ട് കുപ്പിച്ചില്ല് വാങ്ങിക്കും ചിന്താമണി രത്നം ഈ ശാന്തിയാണ് കുപ്പിച്ചില്ലോ ലോകത്തിലുള്ള അനുഭവങ്ങൾ അത് പുറമേക്ക് ഇങ്ങനെ നിൽക്കും എന്നല്ലാതെ അകമയ്ക്ക് സ്പർശിക്കുകയില്ല നമ്മളെ ഒക്കെ നിൽക്കും ഇവിടെ പല വലിയ വലിയ സാധനങ്ങളൊക്കെ നിൽക്കും എന്ത് കാര്യം A.C. എ സി റൂമുണ്ട് ഒരു പത്ത് കാറുണ്ട് മുമ്പില് ആളുകളൊക്കെ കാണുമ്പോൾ സലൂട്ട് അടിക്കണു ഉള്ളിലിങ്ങനെ വെന്ത് നീറുകയാണ് എന്റെ പ്രയോജനം എല്ലാം പുറമേക്കുണ്ട് ഉള്ളിലെത്തി മാവ് ഒഴിച്ചാൽ ഇഡ്ലി ആയിട്ട് വരും അത്ര ചൂട് ഉള്ളിലെ താപം എന്തിനു കൊള്ളും ഇത്രയൊക്കെ പുറമേക്കുണ്ടായിരുന്നിട്ട് അപ്പോ അകമയ്ക്ക് സമൃദ്ധമായ ശാന്തി വേണം എന്ന് സങ്കല്പിക്കണം എന്നാണ് ഭഗവാന്റെ ഒരു മെസ്സേജ് നമുക്കൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു സാധനയും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ സങ്കല്പമുള്ളവനും വാസ്തവത്തിൽ സാധനയല്ല നമുക്ക് ഇതിനെ നേടിത്തരാൻ പോണത് ഈ ഒരു സങ്കല്പമാണ് നേടിത്തരാൻ പോണത് സാധനയല്ല അതറിഞ്ഞോളണം സങ്കല്പമാണ് നേടിത്തരാൻ പോണത് സാധനയൊക്കെ സെക്കൻഡറിയാണ് ഈ സങ്കല്പമുള്ളവനും ഈ സങ്കല്പമില്ലാത്തവനും ആണ് ലോകത്തിൽ രണ്ട് കാറ്റഗറി ഈ സങ്കല്പമുള്ളവൻ എന്ത് ചെയ്താലും അയാൾ വട്ടതിരിഞ്ഞ് വട്ടതിരിഞ്ഞ് അവസാനം ഈ ശാന്തിയിലേക്ക് വരും ഈ സങ്കല്പം ഇല്ലാത്തവൻ അമ്പലത്തിൽ പൂജാരിയായിരുന്നാൽ പോലും ഇത് നേടില്ല എന്താന്ന് വെച്ചാൽ അയാള് പൂജയൊക്കെ ചെയ്യുന്നു പുഷ്പം അർച്ചിക്കുന്നു ദീപ പക്ഷെ അയാൾക്ക് ഇതല്ല ലക്ഷ്യമെങ്കിലോ പിന്നെ എന്ത് ചെയ്യും അയാൾക്ക് ഇത് ലക്ഷ്യമല്ലെങ്കിൽ പൂജ എന്നുള്ളത് വെറും ഒരു ജോലിയാണെങ്കിൽ രണ്ടു മാസമായി ശമ്പളം തന്നിട്ട് എന്താ വെറും ജോലിയാണ് അയാൾക്ക് അല്ലാതെ അത് അവിടത്തൊന്നും ദേവനൊന്നും കാര്യമില്ല അപ്പോ പൂജാരിയാണെങ്കിൽ പോലും ലക്ഷ്യനിശ്ചയമില്ലെങ്കിൽ ഭഗവത് പൂജയാണോ നമുക്ക് ശാന്തിയെ തരുന്ന ഒരു നല്ല സാധന ആ സാധന തന്നെ തലകിഴാവും ഈ ലക്ഷ്യനിശ്ചയം ആർക്കുണ്ടോ അവരൊരു പക്ഷേ എക്സ്ട്രീം എക്സാമ്പിൾ മഹാഭാരതത്തിൽ പറയുന്നു ധർമ്മവ്യാധൻ അയാള് മാംസവിക്രയം ചെയ്യുന്നവൻ അവൻ നേടിപ്പോയി ശാന്തി മാംസവിക്രയം ചെയ്യണം എന്നല്ല അർത്ഥം മാംസവിക്രയം ചെയ്യുന്നവനാണെങ്കിൽ പോലും ജീവിത ലക്ഷ്യം ഈ സത്യത്തിനെ കാണലാണ് ശാന്തി നേടലാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കടക്കം സാധ്യമാണ് ഈ ലക്ഷ്യം ഉറപ്പിക്കാത്ത ഒരു ബ്രാഹ്മണൻ സിദ്ധി നേടലാണ് കാര്യം എന്ന് ധരിച്ച് തപസിനു പോയി തലയിൽ കാക്ക കാഷ്ടിച്ചു കൊക്ക് കാഷ്ടിച്ചു കൊക്കിനെ നോക്കിയതും കൊക്ക് കഴിഞ്ഞു വീണു അയാൾ വിചാരിച്ചു ഇതാണിപ്പോ ലക്ഷ്യം ഇതിന് വാസിഷ്ടത്തിൽ ഒരു കഥ പറയും ഒരാള് തപസ് ചെയ്തു ചിന്താമണി നേടാനായിട്ട് അപ്പൊ ആരോ ചിന്താമണി നേടാനായി തപസ് ചെയ്ത് ഒരു ദിവസത്തിനകം ചിന്താമണി കയ്യിൽ വന്ന് വീണു അപ്പൊ ഇയാൾ അയ്യേ ചിന്താമണിയൊക്കെ എളുപ്പത്തിൽ കിട്ടുമോ എന്ന് എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം തപസ് ചെയ്തു അപ്പൊ ആരോ ഒരു കാക്ക പൊന്നു കൊണ്ടുവന്നു വെച്ചപ്പോ അതിനെ ചിന്താമണിയാണെന്ന് വന്ന് എടുത്തോണ്ടുപോയി നമുക്ക് പ്രയത്നത്തിലും നമ്മളുടെ അഹങ്കാരത്തിലും ഒക്കെ വിശ്വാസമാണെങ്കിൽ വെറുതെ മെനക്കണം വൃഥാമനക്കണം സത്യം അത്യധികം സുലഭമാണ് സുലഭശായം അത്യന്ത ഭാഗവത വാശിഷ്ഠത്തിൽ ഒരു ശ്ലോകമാണ് അത്യധികം സുലഭമാണ് ഈ സത്യം അത് നമ്മളുടെ ഹൃദയകോശത്തിനകത്ത് ഇപ്പോഴേ കിട്ടിയിട്ടുള്ളതാണ് അതിന് ആദ്യം വ്യവസായാത്മിക ബുദ്ധി ഭോഗം ഐശ്വര്യം ഇതിനൊക്കെ പ്രാമുഖ്യം കൊടുക്കുന്നവരുടെ ബുദ്ധി വ്യവസായാത്മിക ബുദ്ധിയായിട്ട് നിൽക്കില്ല എന്ന് ഭഗവാൻ പറയാം ഭോഗമോ ഐശ്വര്യമോ വേണ്ടാവയ്ക്കണം എന്നല്ല ഭഗവാൻ പറഞ്ഞത് ഭോഗ ഐശ്വര്യ പ്രസക്തമായിരിക്കരുത് എന്നേ ഉള്ളൂ ഒന്നും വേണ്ടാവയ്ക്കാനോ സ്വീകരിക്കാനോ നമുക്കിവിടെ കാ സാധ്യമല്ല കാരണം തുളസീദാസ് ഒരടുത്ത് പറയുന്നു പ്രാരബ്ധത്തിനെ ആദ്യം സൃഷ്ടിച്ചു എന്നിട്ടാണ് ശരീരം സൃഷ്ടിച്ചത് അതുകൊണ്ട് ഞാൻ എന്തിനീ ശരീരത്തിനെ കുറിച്ച് വിഷമിക്കണത് രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുക എന്ന എന്നുവെച്ചാൽ ഈ ശരീരത്തിന് എന്തൊക്കെ അനുഭവിക്കാനുണ്ടോ എത്ര ഭോഗം എന്തൊക്കെ ഇതൊക്കെ അനുഭവിക്കാനുണ്ടോ അതൊക്കെ നിശ്ചയിക്കപ്പെട്ടിരിക്കണം അപ്പൊ അതിൽ നമുക്ക് കയ്യില്ല അപ്പൊ നമ്മൾ സുഖമായ ഒരു നല്ല സ്ഥിതിയിൽ പുറമേക്ക് ഇരിക്കണം എന്ന് വെച്ചാൽ അത് അനുഗ്രഹം എടുത്തോളണം പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലേ ഞാൻ സുഖിക്കുള്ളൂ എന്ന് ധരിക്കാൻ പാടില്ല അകമയ്ക്ക് ശാന്തിയെ അൺകണ്ടീഷണൽ ആയിട്ട് യാതൊന്നും നിരപേക്ഷമായ ശാന്തി അകമയ്ക്ക് ഉണ്ടാവണം ആ ശാന്തിയാണ് അത് ലക്ഷ്യമാക്കലാണ് വ്യവസായാത്മിക ബുദ്ധി എന്ന് ഭഗവാൻ പറഞ്ഞത് അങ്ങനെ അല്ലെങ്കിലോ ബഹുശാഖാഹി അനന്താശ ബുദ്ധയോ അവ്യവസായിനാം വ്യവസായാത്മിക ബുദ്ധി അല്ലാത്തവരുടെ മനസ്സ് പല വഴിക്ക് പോയിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു അത്രയും പറഞ്ഞിട്ടാണ് സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിലേക്ക് നമ്മൾ വന്നത് ഇത് പറഞ്ഞ് യോഗചര്യകളൊക്കെ ഭഗവാൻ പറഞ്ഞു ഈ ലക്ഷ്യം ഉറപ്പിച്ചിട്ട് ഇത് ഓർത്തുകൊണ്ട് ലോകത്തിലെന്താ പ്രാരബ്ധവശാൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളുക മനസ്സ് പക്ഷേ ഈ ലക്ഷ്യത്തിനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ലോകവ്യവഹാരം ചെയ്തുകൊള്ളുക ഒന്നും ബാധിക്കില്ല പതുക്കെ പതുക്കെ പതുക്കെ ഈ ലക്ഷ്യത്തിനെ നമ്മൾ തന്നെ അകമെ ചോദിക്കും ഈ ലക്ഷ്യം ശാന്തി ഞാൻ എങ്ങനെ നേടിയെടുക്കും ചോദിക്കുമ്പോ ഒരേ ഒരു ഉത്തരമേ വരുള്ളൂ ശാന്തിക്ക് തടസ്സമായിട്ട് എന്റെ ആഗ്രഹങ്ങൾ ഇന്ദ്രിയ ചാബല്യം എന്തൊക്കെയുണ്ടോ അതൊക്കെ പതുക്കെ പതുക്കെ മാറ്റി നിർത്താം അത് എന്ത് സാധന ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല അത് ഓരോരുത്തരും അവരവരായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഒരു ബാലൻസിങ് നീന്തൽ എങ്ങനെ നീന്തൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും അവസാനം അയാളെ പിടിച്ച് വെള്ളത്തിൽ തള്ളിയേ നിർത്തിയുള്ളൂ അയാൾ എന്നിട്ടേ പഠിപ്പിച്ചു കൊടുക്കും അതുപോലെ ഈ ശാന്തി എങ്ങനെ നേടും നേടും ചോദിച്ചാൽ ജീവിതത്തിൽ വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ തനിയെ പഠിക്കും ഒരു ഇന്നർ ബാലൻസിംഗ് ആ ഇന്നർ ബാലൻസിംഗ് നമുക്ക് ചിത്തവൃത്തികൾ കുറയുമോറും നമ്മളെ ചലിപ്പിക്കുന്ന വസ്തുക്കളോടുള്ള സംഘം വിട്ടുമാറുംതോറും ഈ ശാന്തി കൂടുതലാവും അവസാനം മരിക്കുന്നതിനു മുമ്പ് സകല സംഘവും ഉപേക്ഷിക്കണം ഭഗവാൻ സാധിക്കുമെങ്കിൽ എന്തൊക്കെ ഉപേക്ഷിക്കാൻ പറ്റുമോ അതൊക്കെ ഉപേക്ഷിക്കാന്ന് ഉപേക്ഷിക്കാൻ പറ്റാത്തത് പോട്ടെ അത് നമ്മളുടെ കയ്യിലില്ല എന്തൊക്കെ സാധിക്കുമോ ദാറ്റ് വിച്ച് ഈസ് ഇൻ യുവർ പവർ എന്താന്ന് വെച്ചാൽ ഓരോന്ന് വിടുമ്പോഴും നമ്മളുടെ ഉള്ളിൽ ഒരു പുഷ്പം വിരിയും ഓരോന്നിനെ നമ്മൾ വിചാരിക്കണം എന്തെങ്കിലും പിടിച്ചാലാണോ സുഖം കിട്ടുക ഓരോന്നിനെ തള്ളിക്കളയുമ്പോഴും നമ്മളുടെ ഉള്ളിൽ ഒരു പൂ പൂക്കും അപ്പൊ സാധിക്കുമെങ്കിൽ മരണത്തിന് മുമ്പ് പുതിയതായിട്ട് ഒരു ദൗർബല്യവും തുടങ്ങിവെക്കാതെ ഉള്ള ദൗർബല്യങ്ങൾ ഓരോന്നായി ഉപേക്ഷിക്കുക നല്ലതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ചീത്ത ചെയ്യാതിരുന്നാൽ മതി നല്ലത് ചെയ്യണത് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡാണ് എന്താന്ന് വെച്ചാൽ ഒരു കർമ്മവും അനന്തമല്ല പക്ഷെ ഈ ചെയ്യാതിരിക്കുന്നതിൽ ഒരുപാട് പവറുണ്ട് അതുകൊണ്ട് ചീത്ത ചെയ്യാതിരിക്കുന്നതിന് എത്ര പവറുണ്ടോ അത്ര പവർ നല്ലത് ചെയ്യുന്നതിന് നന്മ എന്ന് പറയുന്നത് നമ്മുടെ സ്വരൂപമാണേ ആ നന്മയെ നമുക്ക് തടസ്സം ചെയ്യണത് നെഗറ്റീവായിട്ടുള്ള എന്തൊക്കെയോ നമ്മളുടെ പ്രവൃത്തിയോ വികാരങ്ങളോ വിഷയങ്ങളോ ആണ് കഴിയുന്നതും എന്തൊക്കെ നമ്മളുടെ ശാന്തിയെ തടസ്സം ചെയ്യണമോ അതിനൊക്കെ മാറ്റി നിർത്തിയാൽ യോഗം നമ്മളുടെ ഉള്ളിൽ ഒരു പുഷ്പം വിരിയുന്ന പോലെ വിരിയും അപ്പൊ ഏർപ്പെടുന്ന ആനന്ദത്തിന് എങ്ങനെ പറയും സമുദ്രം പോലെ എന്ന് പറയാനൊക്കോ ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ സമുദ്രത്തിനെയാണ് ഉപമിക്കുന്നത് സമുദ്രത്തിനെ ഒരു കിണറ്റിന്റെ ഉള്ളിലുള്ള തവളക്ക് പറഞ്ഞു കൊടുക്കാൻ ഒക്കുവോ ഒരു കിണറ്റിന്റെ ഉള്ളിൽ പൊട്ട കിണറ്റിന്റെ ഉള്ളിൽ ഒരു തവള ആ തവള ആ കിണറല്ലാതെ വേറൊന്നും കണ്ടിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോ സമുദ്രതീരത്തിൽ വസിക്കുന്ന ഒരു തവള എങ്ങനെയോ ചാടി ചാടി കിണറ്റിനുള്ളിൽ വീണു അപ്പൊ ഈ കിണറ്റിൻ്റെ അല്ലേ തവള ചോദിച്ചു എവിടെ നിന്നാ വരുന്നത് വെച്ചു ഞാനേ സമുദ്രത്തുനിന്ന് വരിക സമുദ്രമോ അത് അങ്ങനെ വെച്ചാ ധാരാളം ജലം ഉണ്ടാവുന്നു എത്ര എത്ര ഉണ്ടാവുമോ ചോദിച്ചു ഒരു തവള എത്ര ഉണ്ടാവുമോ ചോദിച്ചാൽ ആലോചിച്ച് നോക്കൂ അയ്യോ അങ്ങനെയൊന്നുമല്ല സമുദ്രത്തിന് അത്രയൊന്നും കണക്ക് പറയാം ഇത്ര ഉണ്ടാവുമോ ചോദിച്ചു ആദ്യം അയ്യോ സമുദ്രം അതങ്ങനെയൊന്നും ഇതിനോടൊന്നും ഉപമിക്കാനൊക്കെ ഇല്ല ഇത്രയുണ്ടാവുമോ തവള മാക്സിമം ലിമിറ്റ് കൈ നീട്ടി കൊടുത്തതാ ഏ താൻ നിൽക്കുന്ന സ്ഥലത്തിന് അൽപ്പം ചാടി എത്രയും തവള ഇത്ര ഉണ്ടാവുമോ അവസാനം കൂട്ടിക്കൂട്ടി ഈ കിണറിന്റെ പകുതി ഉണ്ടാവുമോ തന്റെ കിണറിന്റെ വലിപ്പം എന്തായാലും കൊടുക്കാൻ തയ്യാറ ഈ കിണറിന്റെ പകുതി ഉണ്ടാവുമോ അയ്യോ ഈ കിണറിനോടൊന്നും ഉപമിക്കാൻ നോക്കില്ല പടോ ഈ കിണറിന്റെ അത്ര വലുപ്പമായിട്ടൊന്നുമില്ല എന്നാണ് തവളയുടെ വാദം നോക്കൂ ഞാൻ ഒരു ഉപമം പറഞ്ഞുതരാം ഈ മുകളിൽ കാണുന്ന ആകാശമില്ലേ ഈ ആകാശത്തിനെ മാത്രമേ സമുദ്രത്തിനോട് ഉപമിക്കാൻ നോക്കുകയുള്ളൂ ആവൂ ഈ ആകാശമേ ഈ കിണറ്റിന്റെ വട്ടക്കെട്ടിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് എന്റെ കിണറ്റിന്റെ വട്ടക്കെട്ടിലുള്ള പാരപ്പറ്റുവാളുടെ ഉള്ളിലാണ് ആകാശം ഇങ്ങനെയുള്ള തവളയ്ക്ക് സമുദ്രത്തിന് എങ്ങനെ പറഞ്ഞോളൂ കിണറ്റിന്റെ പാരപെറ്റുവാളുടെ ഉള്ളിലാണ് ആകാശം എന്ന് തവള ധരിച്ചിരിക്കുന്ന പോലെയാണ് നമ്മളും തൽക്കാലം സുഖം ഈ ശരീരം നമ്മളുടെ ശരീരം തന്നെ പൊട്ടക്കിണറ് നമ്മൾ തന്നെ തവളകളും അതുകൊണ്ട് നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മാണ്ടുക്യ ഉപനിഷത്ത് മണ്ടൂകത്തിനെ അല്പം ബോധിപ്പിക്കാനായിട്ടാണ് മാണ്ടുക്യ ഉപനിഷത്ത് കിണറിന്റെ ഉള്ളിലിരിക്കുകയാണ് ലിമിറ്റഡ് ആയിട്ടുള്ള ശരീരമാകുന്ന പൊട്ടക്കിണറ് നമുക്ക് അനുഭൂതി ആനന്ദം എന്ന് പറയുന്നത് കെനറ്റിന്റെ ഉള്ളിലുള്ള ആകാശം പോലെയാണ് ഏകദേശ ആകാശ ആനന്ദോ നശുതി പറയുന്നു ആകാശം പോലെയുള്ള ആനന്ദം ആ ആനന്ദം എവിടെ കിണറ്റിന്റെ വട്ടക്കെട്ടിന്റെ ഉള്ളെന്ന് പറയുന്നു അവസാനം എന്ത് ചെയ്യാൻ പറ്റും ഈ തവളയ്ക്ക് എങ്ങനെ ബോധിപ്പിക്കും എങ്ങനെയോ ആ തവള ഈ കുട്ടിത്തവളയെ കെനറ്റൊന്ന് പിടിച്ചുകൊണ്ടുപോയി പിടിച്ച് വലിച്ച് പുറത്തു കൊണ്ടുപോയി സമുദ്രത്തിന്റെ തീരത്ത് കൊണ്ടു ചെന്ന് നിർത്തി നിർത്തിയപ്പോ അതിനെന്ത് പറയാൻ പറ്റും എങ്ങനെ ഉപമിക്കും ഓ അല്ലെ എന്ത് പറയാൻ പറ്റും അതാണ് ആ ആശ്ചര്യത്തിന്റെ വാക്കാണ് പ്രണവമേ ഓ എന്ത് പറയും ഇതിനെ ഇതിനെ ഏതിനോട് ഉപമിക്കും ഏത് സുഖത്തിനോട് ഉപമിക്കും അതാണ് ഈ തവളയ്ക്ക് ബ്രഹ്മാ സമുദ്രത്തിനെ കാണിച്ചു കൊടുത്ത പോലെയാണ് യുവാ സാധു യുവാധ്യായക ആശിഷ്ടോ ദൃഢിഷ്ടോ ബലിഷ്ഠ തസ്യേയം പൃഥിവി സർവാവിത്ത പൂർണ സാത് ഇന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടുവന്ന് ആദ്യ ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന് നല്ല ബലമുണ്ട് അംബീഷ്യസ് ആയിട്ടുള്ള ആള് ധാരാള സമ്പത്തുണ്ട് നല്ല ഭാര്യ ഉണ്ട് അയാൾക്ക് ലോകത്തിൽ എന്തൊരു ആനന്ദം ഉണ്ടാവുമോ ആ ആനന്ദത്തിന്റെ ഒരു നൂറ് ഇരട്ടി ആനന്ദം ഒരു ഗന്ധർവനുണ്ടാവും ആ ഗന്ധർവന്റെ നൂറേരട്ടി ആനന്ദം പിതൃക്കൾക്കുണ്ടാവും ആ പിതൃക്കളുടെ ഒരു നൂറേരട്ടി ആനന്ദം കർമ്മദേവന്മാർക്കുണ്ടാവും ആ കർമ്മദേവന്മാരുടെ ഒരു ഇരട്ടി ആനന്ദം ദേവന്മാർക്കുണ്ടാവും ദേവന്മാരുടെ ഒരു നൂറേരട്ടി ആനന്ദം ഇന്ദ്രനുണ്ടാവും ഇന്ദ്രൻ അനുഭവിക്കുന്നതിന്റെ ഒരു നൂറേരട്ടി ആനന്ദം ബൃഹസ്പതിക്കുണ്ടാവും ബൃഹസ്പതിയുടെ ഒരു നൂറിരട്ടി ആനന്ദം പ്രജാപതി അനുഭവിക്കുന്നു ആ പ്രജാപതി അനുഭവിക്കുന്നതിന്റെ അനന്തമായ മടങ്ങ് ആനന്ദം ബ്രഹ്മാനന്ദം എന്ന് പേര് ആ ബ്രഹ്മാനന്ദത്തിനെ ഒരു മുനി ഹൃദികലയതി വിദ്വാൻ ബ്രഹ്മപൂർണം സമാധവും ഇത് എന്തു പറഞ്ഞാലും കിണറ്റിലെ തവളയ്ക്ക് മനസ്സിലാവൂ കാണുന്നവരെ പറയൂ കാണണവരെ കിണറ്റിലെ തവളയ്ക്ക് എന്ത് മനസ്സിലാകും ഏക ഉരുവായി അയ്യോ അഖണ്ഡാകാര ശിവഭോഗം എന്നും പേരിൻപെള്ളം പൊങ്കിത്തതും വിപ്പൂരണമായി ഏക ഉരുവായി കിടക്കുത് അയ്യോ ഇനി ദേഹം വിഴുമുൻ ഭുചിപ്പതർക്ക് ശേരവാറും ജഗത്തീരെ കകം ഉറവ് കലന്ത് ഉണ്ണക്കണ്ടീർ അഖണ്ഡാകാര ശിവഭോഗം എന്നും തതുമ്പി പൂരണമായി തായുമാനവ സ്വാമികൾ കൂക്കി വിളിക്കുക ഉദ്ഘോഷിച്ച് വിളിക്കുകയാണ് ലോകത്തിനെ എന്താ വിളിക്കണതെന്ന് വെച്ചാൽ വരൂ എന്നാണ് എല്ലാരും വരൂ ഇവിടെ ഒരു ആനന്ദത്തിന്റെ ഫൗണ്ടൈൻ ഹെഡ് തുറന്നിട്ട് അഖണ്ഡാകാര ശിവഭോഗം നമുക്ക് ലൗകിക ഭോഗങ്ങളൊക്കെ അറിയാം ഇവിടെ ശിവഭോഗം എന്നും പേരിൻപ വെള്ളം പൊങ്കി തതും വീ ആനന്ദത്തിന്റെ ഒരു വെള്ളം വെള്ളം എന്ന് ഫ്ലഡ് ജലം അർത്ഥത്തിലല്ല ഫ്ലഡ് അതങ്ങനെ പൊന്തി വഴിഞ്ഞ് പരന്നു കിടക്കുന്നതെന്ന് ഏകം രണ്ടാമതൊന്നുമില്ലാതെ ഏകം എവിടെ നോക്കിയാലും ജലരാശി എന്നുള്ള പോലെ ആനന്ദം പറഞ്ഞിരിക്കുന്നു ഒരു കാക്കയ്ക്ക് അല്പം വെറ്റുകൊടുത്താൽ ചോറിട്ട് കൊടുക്കുമ്പോ നാട്ടിലുള്ള കാക്കകളെയൊക്കെ വിളിക്കുന്നു പക്ഷെ എനിക്ക് കിട്ടിയിരിക്കുന്നത് പരമാനന്ദം എങ്ങനെ വിളിക്കാതിരിക്കും എന്നാണ് കാക്കം ഉറവ് കലന്ത് ഉണ്ണക്കണ്ടീൻ ആ ആനന്ദത്തിനെ അവർക്ക് പറഞ്ഞറിയിക്കാമയ എങ്ങനെ വിളിച്ചാലും പോരാ എന്നാണ് അതുകൊണ്ടാ ഋഷി ശൃൺവന്തു വിശ്വേ അമൃതസ്യ പുത്രാഹ സകല ലോകങ്ങളിലുമുള്ള അമൃതാനന്ദത്തിന്റെ അരുമ ശിശുക്കളെ എല്ലാവരും വരൂ എന്നാണ് വിശ്വേ അമൃതസ്യ പുത്രാഹ ഇവിടെ ഉള്ളവർ മാത്രമല്ല ആ ധാമാനി ദിവ്യനി തസ്തു ഈ ഭൂലോകത്തിൽ മാത്രമല്ല ദേവാദി ലോകങ്ങളിൽ ആരൊക്കെ ഉണ്ടോ അവരും ഈ ആനന്ദത്തിന് ഭാഗഭാക്കുകളായിട്ട് വരട്ടെ അതൊക്കെ ഭൂജിക്കാൻ തയ്യാറായിട്ട് അവരും വരട്ടെ എന്ന് വേദാഹം ഏതം പുരുഷം മഹാന്തം ഈ പരമപുരുഷനെ ആദിത്യ തുല്യം എന്ന അകത്ത് പ്രകാശിക്കുന്നു ഈ പരമപുരുഷനെ ഞാൻ തുറന്നു വെച്ചിരിക്കുക എത്ര മഹാത്മാക്കൾ ഇതേപോലെ പറയുന്ന പറയും രാമലിംഗ സ്വാമികൾ പറയുന്നു കടയിരന്തേൻ കൊള്ളുവാറില്ല ഞാൻ ആനന്ദത്തിന് കട തുറന്നു വാങ്ങിക്കാൻ ആളില്ല എന്നാണ് എന്താന്ന് വെച്ചാ വാങ്ങിക്കൽ എളുപ്പല്ല കബീറുടെ കഥ പറഞ്ഞ പോലെ കബീർ പറഞ്ഞു ഒരു വലിയ ബിസിനസ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഭജനയൊക്കെ നടത്തും വീട്ടിലാണ് അപ്പൊ അദ്ദേഹം വരുന്ന ഭക്തന്മാരോടൊക്കെ പരാഭക്തി എങ്ങനെ കിട്ടും പരാഭക്തി എങ്ങനെ കിട്ടും ചോദിക്കുന്നുണ്ട് അപ്പൊ കബീർ ഒരു ദിവസം ആ വീട്ടിന് മുമ്പില് ഒരു വട്ടിയും കൊണ്ട് പോയി പരാഭക്തി വേണോ വിൽക്കാനോ ഉണ്ട് എന്ന് പറഞ്ഞു അത്രേ അപ്പൊ ഈ വീട്ടുകാരൻ പറഞ്ഞു എന്താ വില എന്ന് വെച്ചു അങ്ങനെ എളുപ്പത്തിൽ കിട്ടുകയാണെങ്കിൽ എന്താണെങ്കിലും കൊടുത്തു വാങ്ങിക്കാലോ പരാഭക്തി കിട്ടാനുണ്ട് പരാഭക്തിക്ക് എന്താ വില എന്റെ തല തല കൊടുക്കാൻ തയ്യാറാണെങ്കിൽ പരാഭക്തി എന്ന് വെച്ചാൽ എന്താർത്ഥം എന്ന് വെച്ചാൽ തല എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹങ്കാരം മഹാബലി കൊടുത്തില്ലേ തലയെ രണ്ടടി മണ്ണ് കൊടുത്തു ഭഗവാനാണെന്നും പോരാ മൂന്നാമത്തത് മൂന്നാമത്തതെന്ന് പറയണം മൂന്നാമത്തത് എന്താ നിന്റെ തല ആ തലയും കൊടുത്തപ്പോ കുരുശീർഷണിമേ പദം എന്ന് പറഞ്ഞപ്പോഴാണ് രക്ഷിഷ്യേ സർവതോഹം ത്വാം സാനുഗം സപരിച്ഛതം സദാ സന്നിഹിതം വീര തത്ര മാം ഭവാൻ എന്ന് അനുഗ്രഹിച്ചത് തന്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവും ഒരു ക്ഷണം തന്നെ വിട്ട് ഞാൻ പിരിയില്ല ഞാൻ തൻ്റെ കൂടെ ഉള്ളത് താൻ കാണുകയും ചെയ്യും എന്നാണ് മഹാബലിക്ക് അനുഗ്രഹം ഒരാൾക്കിങ്ങനെ അനുഗ്രഹമില്ല ഭാഗവതത്തിലെ അനുഗ്രഹ ശ്ലോകങ്ങളിൽ ഏറ്റവും മുഖ്യമായ ശ്ലോകമാണ് മഹാബലിക്കുള്ള അനുഗ്രഹം തന്നെ അങ്ങോട്ട് അർപ്പിച്ചപ്പോ ഭഗവാൻ ചെയ്യുന്ന അനുഗ്രഹമാണ് ഈ ശ്ലോകം അനന്യാസിന്തെയോ മാം എന്നുള്ളതൊക്കെ അതിനേക്കാളും ഒക്കെ വ്യക്തമാണ് ആ ശ്ലോകം ആ അനുഗ്രഹം അങ്ങനെ ശരണാഗതി ചെയ്യുമ്പോൾ ആണ് ഈ അനുഭൂതി ഏർപ്പെടുന്നത് എന്ന് വെച്ചാൽ ശരണാഗതി എന്ന് വെച്ചാൽ എന്താ അർത്ഥം ഇല്ലാതാവുക ഞാൻ ഉള്ളത്തോളം ഈ ശാന്തി ഉണ്ടാവില്ല ഈ ഞാൻ എത്ര കാലം ഉണ്ടോ അത്ര കാലം അശാന്തിയാണ് ഖണ്ഡനമാണ് ഉള്ളിൽ ബോധത്തിനെ ഖണ്ഡനം ചെയ്തുകൊണ്ടേയിരിക്കും ആ ശാന്തി അകമയ്ക്ക് ഏർപ്പെടുമ്പോൾ അത് അഖണ്ഡാകാരമായ സമുദ്രം പോലെയാണ് ശാന്തി അതിനാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയണത് നോക്കാം ആപൂര്യമാണമചല പ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശത്തിയ തദ്വത് കാമായും പ്രവിശാന് ശാന്തിമാപ്പുനോതിാമകാമി ആരാണോ സത്യം അറിഞ്ഞവൻ വ്യവസായാത്മിക ബുദ്ധി ഉള്ളവൻ അവൻ ഒരുപക്ഷെ കാമിയായിരിക്കും പക്ഷെ കാമകാമിയായിരിക്കില്ല അയാൾക്ക് ദൗർബല്യവും ഉണ്ടായിട്ട് ആഗ്രഹങ്ങൾ അയാളുടെ കൺട്രോളിൽ ഇല്ലാതെ വന്നു പോവാം അതാണ് ഇവിടെ ഭഗവാൻ നമുക്കൊരു ക്ലൂ തരുന്നത് ആഗ്രഹം പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണ ആഗ്രഹം ഇപ്പൊ ഞാൻ വരുത്തിയിട്ടാണോ ഉള്ളിൽ വരണൂ എന്ന് നമ്മൾ പറയും അതിന് ഭഗവാൻ പറയാണ് ആഗ്രഹമൊക്കെ വന്നോട്ടെ ഇറ്റ് ഈസ് നാച്ചുറൽ മനസ്സിൽ ആഗ്രഹം വരുന്നു പക്ഷേ ആ ആഗ്രഹത്തിനെ അനുമോദിക്കാതിരുന്നാൽ മതി അതിന് എല്ലാ ആഗ്രഹങ്ങളും സാറ്റിസ്ഫൈ ആകണം എന്നുള്ള അർജൻ നിർബന്ധം ഉള്ളിൽ ഇല്ലാതിരുന്നാൽ തന്നെ നമ്മൾ അതൊന്ന് രക്ഷപ്പെട്ടു ഇതാണ് അതിനുള്ള ഒരു ക്ലൂ ഇതൊക്കെ വേണമെങ്കിൽ വീട്ടിൽ പോയിട്ട് എഴുതി വെച്ചോളാം ഇവിടുന്ന് എഴുതാൻ പാടില്ല ഓർമ്മ വെച്ചിട്ട് ഇതൊക്കെ ക്ലൂ ആണ് മനനം ചെയ്ത് ഉറപ്പിക്കേണ്ട കാര്യങ്ങളാണ് മനനം ചെയ്ത് നല്ലവണ്ണം അഷ്ടബന്ധനോട്ട് ഉറപ്പിക്കേണ്ട കാര്യമാണ് ആഗ്രഹം വരട്ടെ കുഴപ്പമില്ല ആഗ്രഹം നല്ലതാണെന്നൊരു വിചാരവും ആഗ്രഹം ഇല്ലെങ്കിൽ ഉണ്ടാക്കണ ഒരു സമ്പ്രദായമൊക്കെ ഉണ്ടല്ലോ അതില്ലാതിരുന്നാൽ മതി ഉള്ള ആഗ്രഹം സാധിച്ചേ തീരൂ എന്നുള്ള നിർബന്ധവും ഇല്ലെങ്കിൽ പ്രകൃതി ചിലപ്പോ അത് സാധിപ്പിക്കും ചിലപ്പോ അത് സാധിപ്പിക്കില്ല ചിലപ്പോൾ അത് അതിന് പലപ്പോഴും ആഗ്രഹങ്ങൾ സാധിക്കണം എന്ന് ആർക്ക് നിർബന്ധമില്ലയോ അയാളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും അതും മറ്റൊരു നിയമമാണ് ആ പക്ഷേ ഇത് ട്രിക്ക് ആണെന്ന് വിചാരിച്ചാൽ നടക്കില്ല ഇത് ട്രിക്ക് ആണെന്ന് വിചാ ഒരു ട്രിക്കും അധ്യാത്മികത്തിൽ പ്രയോജനപ്പെടില്ല അതുകൊണ്ടാണ് ഗീതയോ മെഡിറ്റേഷനോ യോഗമൊക്കെ ട്രിക്കായിട്ടും ടെക്നിക്കായിട്ടും ഉപയോഗിച്ചാൽ ഭഗവാൻ വഴങ്ങി തരില്ല ഈ തന്തിരത്തിൽ കണ്ടുമെന്തിരുന്തോർക്ക് ആ തന്തിരത്തിൻ്വയും ഒളിത്തും മാണിക്യവാചകർ പറയുന്നു ഞാൻ ഈ തന്ത്രം പ്രയോഗിച്ച് ഇതിനെ സൂത്രമാക്കി കാര്യമാക്കി കളയാന്ന് വിചാരിച്ചാൽ എന്നാണ് ഇതൊരു ടെക്നിക്കാണെന്ന് വിചാരിച്ചാൽ ടെക്നിക്കിൽ ഒളിഞ്ഞിരിക്കും എന്നല്ലാതെ ആ ടെക്നിക്ക് നമുക്ക് പ്രയോജനപ്പെടുകയില്ല അപ്പൊ ഇതൊന്നും ടെക്നിക്കോ ട്രിക്കോ അല്ല സിൻസിയറായിട്ട് ഈ തത്വം അറിഞ്ഞുകൊണ്ട് ശാന്തി വേണം എന്നാഗ്രഹിക്കുകയാണെങ്കിൽ ഇതിന് ഈശ്വരൻ കൂട്ടു നിൽക്കും ഇതിനെ വെച്ചുകൊണ്ട് പവർ നേടാനാണെങ്കിൽ കുറച്ചൊക്കെ തരും ഹിരണ്യകശൂവിനൊക്കെ കൊടുത്തില്ലേ ഹിരണ്യാക്ഷനൊക്കെ കൊടുത്തില്ലേ അവസാനം ഭഗവാനെ നമ്മളെ നിഗ്രഹിക്കേണ്ടി വരും എല്ലാം കൂടെ മുകളിൽ കൊണ്ടുപോയി കമിഴ്ത്തിയിട്ടാൽ ഭയങ്കര വിഷമാവും ഇവിടുന്ന് വീണാൽ കുഴപ്പമില്ല മലയാള മേലെന്ന് വീണാലോ അപ്പോ ശാന്തിയെ മാത്രം കാക്ഷിച്ചുകൊണ്ട് കാമിയായിരുന്നാലും വേണ്ടില്ല ആ കാമകാമിയാകരുത് എന്നാണ് ഭഗവാന്റെ ഇതിലൊരു സന്ദേശം അങ്ങനെ കാമകാമി അല്ലാത്തവന് പതുക്കെ പതുക്കെ അവനിൽ പ്രകൃതിയാ ജന്മനാ അഥവാ മുമ്പ് പഠിച്ചതിന്റെയും ചിന്തിച്ചതിന്റെയും കുഴപ്പം കൊണ്ട് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ആഗ്രഹങ്ങളൊക്കെ തനിയെ നിന്നു പോകും കണ്ണുടേ എന്നൊരു സിദ്ധൻ അദ്ദേഹം പറയുന്നു നമ്മളുടെ ശരീരം ആവുന്ന വിളക്ക് ആ വിളക്കിൽ ആഗ്രഹങ്ങളാവുന്ന എണ്ണ ആ എണ്ണയിൽ അഹങ്കാരമാവുന്ന തിരി സദ്ഗുരു എന്ത് ചെയ്യുന്നു ആ തിരിയിൽ തീ കൊളുത്തിവിടുന്നു അത്രയേ ഉള്ളൂ നമ്മളിനി ചെയ്യേണ്ടതെന്താ മിണ്ടാതിരിക്കണം തീ കെടാതെ മാത്രം നോക്കിയാൽ മതി അല്ലാതെ എണ്ണ ഒഴിച്ചു കൊടുക്കുകയോ തിരി തോണ്ടിക്കൊടുക്കുകയോ ഒന്നും ചെയ്യരുത് അങ്ങനെ മിണ്ടാതെ ഇരുന്നാൽ എണ്ണ വറ്റിപ്പോയി തിരി കരിഞ്ഞുപോയി വളക്കണങ്ങി അടങ്ങും അപ്പോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ തത്വം അറിഞ്ഞിട്ട് വളരെ എളുപ്പമാണ് അങ്ങനെ ചിന്തിക്കുമ്പോ അധ്യാത്മികം പോലെ എളുപ്പമൊന്നുമില്ല വളരെ എളുപ്പമാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒന്നും ഇതിൽ ചെയ്യാനില്ലേ കർമാദിക്കട്ടവിഴ് ജന്മാദിനഷ്ടമ ത്തനിലും ഇൻമാർഗം ഇക്കെളിത് സ്വൽ മാനദത്തനുവൻ കർമാതി സിതൻ ചുമ്മാ അമർന്ന അമ്മ അകത്തിൽ ആത്മജ്യോതിയേ നിതാനുഭൂതിയേ ഇരാത് ഭീതിയേ അതിസുലം ആത്മവിത്തെ അതിസുലം കർമാതി സിരി ഒരു ചലനം കർമ്മചലനം ഇല്ലാതെ ചുമ്മാ അമർന്നിരിക്കുള്ളതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ചുമ്മാ ഇരിക്കൽ എന്ന് വെച്ചാൽ അകമേ അഹങ്കാരം ഉദിക്കാത്ത സ്ഥിതിയാണ് ചുമ്മാ അമർന്നിരിക്ക അങ്ങനെ ഇരുന്നാൽ എന്താ അമ്മ അമ്മ എന്ന് വെച്ചാൽ എക്സ്പ്ലമേഷൻ ആശ്ചര്യം എന്താ അമ്മ അകത്തിൽ ആത്മജ്യോതിയെ എന്നാണ് അകത്തില് ഹൃദയത്തിൽ ആത്മജ്യോതിസ് പ്രകാശിക്കുന്നു അങ്ങനെ പ്രകാശിച്ചതുകൊണ്ട് ഇരാത് ഭീതിയെ ഒരു ഭീതിയുമില്ല അവിടെ ഇൻബ അമ്പോധിയെ ആനന്ദ ആനന്ദത്തിന്റെ സമുദ്രം ആ ആനന്ദ ഉള്ളിൽ വന്നാലോ അതിൽ പുറമേ നിന്നും അനേക ആഗ്രഹങ്ങളുടെ രൂപത്തിലും കർഷണങ്ങളുടെ രൂപത്തിലും വികർഷണങ്ങളുടെ രൂപത്തിലും പല അലകൾ വന്നടിച്ചാലും ഈ അലകളൊക്കെ തന്നെ ഹൃദയത്തിലുള്ള ശാന്തിയാവുന്ന സമുദ്രത്തിൽ ചെന്ന് ലയിക്കും നദികളൊക്കെ സമുദ്രത്തിൽ ചെന്ന് ലയിക്കുന്ന പോലെ പുറമേ നിന്നുള്ള ടെംപ്ടേഷൻസും പുറമേ നിന്നുള്ള അനേക നിർബന്ധങ്ങളും പുറമേ നിന്നുള്ള തന്നെ അകമേ ചെന്ന് അനന്തമായ ആനന്ദ സമുദ്രത്തില് ചെന്ന് അവരവര് ഡിസോൾവ് ആകും അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ആപൂര്യമാണം അചലപ്രതിഷ്ഠം ഒരു സമുദ്രത്തിൽ നദികൾ പോയി ചേരുന്നു ഗംഗയും കാവേരിയും നർമ്മദയും യമുനയും ഒക്കെ പോയി കല സമുദ്രം എത്ര നദികൾ ചെന്ന് ചേരുന്നത് കൊണ്ടും സമുദ്രം ചലിക്കണില്ല വറ്റിപ്പോകുന്നുമില്ല അതുപോലെ തദ്വത് അതേപോലെ പ്രവിശന്തി കാമാഹ ആഗ്രഹങ്ങളൊക്കെ ഏതൊരുത്തന്റെ ഹൃദയത്തിൽ പ്രവേശിച്ച് അവിടെ ഒരു ചലനം ഉണ്ടാക്കാതിരിക്കുന്നുവോ പുറമേ നിന്ന് എന്തൊക്കെ തന്നെ ആഗ്രഹങ്ങൾ എന്തൊക്കെ തന്നെ ചലിപ്പിച്ചാലും ആര് ചലിക്കാതിരിക്കുന്നുവോ സ ശാന്തി ആപ്നോതി അങ്ങനെയുള്ളവന്റെ ശാന്തി ഉണ്ടല്ലോ അഗാധമാണ് അത് അകൈതവമായ ശാന്തിയാണ് അല്ലെങ്കിൽ കൈതവശാന്തി അതായത് അല്പയോഗമോ സാധനയോ ഒക്കെ ചെയ്യുമ്പോ അല്പനേരത്തേക്ക് വരും രണ്ടു ദിവസം മുമ്പ് ചെയ്ത പോലെ ഉള്ളിൽ വന്നു പിന്നെയും പുറത്തു പോയി നമ്മുടെ അതുപോലെ ചിലപ്പോൾ അറിയാതെ ഉള്ളിൽ വരും പുറത്തു പോകും അകൈതവമായ ശാന്തി എന്താ ഒരിക്കൽ അകത്ത് ചെന്നാൽ പിന്നെ പുറത്തു വരലേയില്ല അകത്ത് ആ ശാന്തി ഒരിക്കൽ വിരിഞ്ഞാൽ ആ ശാന്തി ഒരു പ്രാവശ്യം അനുഭവിച്ചാൽ ആ സമാധി ഇവനെ വിട്ടുപോകലേയില്ല എന്തൊക്കെ തന്നെ സംഭവിച്ചാലും എന്തൊക്കെ തന്നെ വിക്ഷേപങ്ങൾ ഉണ്ടായാലും പുറമേക്ക് എന്തൊക്കെ സംഭവിച്ചാലും ശരി ഈ അകത്ത് ഈ ജീവൻമുക്തൻ സ്ഥിതപ്രജ്ഞൻ അല്ലെങ്കിൽ ഗുണാതീതൻ അല്ലെങ്കിൽ ഭാഗവതോത്തമൻ എന്ത് പേര് വേണമെങ്കിൽ പറഞ്ഞോളൂ ആ അനുഭൂതിമാൻ അനുഭവിക്കുന്ന ആ ശീതളത ആ ശാന്തി അയാളെ വിട്ട് പിരിയുന്നേയില്ല അതാണ് സശാന്തി ആപ്നോത്തി നാമകാമി അല്ലാതെ പുറമേ വരുന്ന ഓരോ സ്റ്റിമുലസനും വഴങ്ങിക്കൊടുത്തുകൊണ്ട് അതിൽ റിയാക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നവന് ശാന്തി ഉണ്ടാവില്ല അതാണ് ഭഗവാൻ നകാമകാമി എന്ന് പറയുന്നത് അകമേ ഉറച്ചിരിക്കണം പുറമേക്ക് വരുന്ന എന്തൊക്കെ തന്നെ വിക്ഷേപങ്ങൾ പുറമെ ഉണ്ടായാലും അതുകൊണ്ട് ചലിക്കാത്ത ഒരു സ്ഥിതി ഒരു പക്ഷെ നമുക്ക് ഇത് പതുക്കെ അഭ്യസിച്ച് എപ്പോഴോ നേടേണ്ട ഒരു അവസ്ഥയായിരിക്കും എങ്കിലും ഇതിൽ ഒരു സ്റ്റെപ്പ് വെച്ചാൽ പോലും ലാഭമാണ് ഗീതാചാര്യന് നമ്മളുടെ ദൗർബല്യമൊക്കെ അറിയാം നമ്മൾ പറഞ്ഞ ഉടനെ അവിടെ എത്തും എന്ന് അർത്ഥമില്ല ഈ ഉത്സവത്തിനൊക്കെ ഇപ്പൊ ഉണ്ടോന്നറിയില്ല ഇന്ന് ഉത്സവത്തിനൊന്നും പോവാത്തത് കൊണ്ട് അറിയില്ല മുമ്പൊക്കെ ഉത്സവത്തിന് കുട്ടിക്കാലത്ത് പോകുമ്പോ അവർ ഈ ഒരു ചരട്ട ചരട്ട കൊണ്ട് ഒരു വാദ്യം ഉണ്ടാക്കും ഒരു സംഗീതോപകരണം ഒക്ക ഒറ്റ കമ്പി കെട്ടിട്ട് ഇന്നലെ ഏകത്താറ് പറഞ്ഞ പോലെ അതില് ഒരു മുള വെച്ച് അതിലൊരു കമ്പി കെട്ടി ഒരു മുളയുടെ കഷ്ടം മുറിച്ചിട്ട് ഒരു വില് പോലെ ആക്കിയിട്ട് അതുകൊണ്ട് തന്നെ വായിച്ച് ഉള്ള സിനിമാ പാട്ടൊക്കെ വായിച്ചുകൊണ്ട് നിൽക്കുവരും ഈ ഉത്സവ സമയത്ത് ആ സാധനത്തിന് രണ്ടുപയോ മൂന്നു റുപ്യ ഉണ്ടാവും രണ്ടു റുപ്യോ മൂന്നു റുപ്യന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇരുപത് വർഷം മുമ്പ് വെച്ചോളൂ ഇരുപത് വർഷം മുമ്പ് കുറച്ചൊക്കെ വില അപ്പോ അത് നമുക്ക് വീട്ടിൽ പോയി പൈസ ചോദിച്ചാൽ അതൊക്കെ വാങ്ങിക്കണമെന്നുള്ള ആഗ്രഹം വായി അയാൾ വായിക്കുന്നത് കേട്ടാൽ നമ്മളുടെ വിചാരം അത് വാങ്ങിച്ച ഉടനെ നമുക്ക് അതുപോലെ പാട്ട് വരുന്നതാണ് അയാൾ വായിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല രസം തോന്നും നമ്മൾക്ക് അത് കാണുമ്പോ മൂന്ന് ഉറുപ്യ കൊടുത്ത് അത് വാങ്ങിച്ചുകൊണ്ട് വന്ന ഉടനെ വീട്ടിൽ കൊണ്ടുവന്നാൽ പിന്നെ ആ പാട്ട് വായിക്കലെന്നേ അത് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അതിൽ വെച്ചതും പരപര ഒരു ശബ്ദം രണ്ടു മൂന്ന് പ്രാവശ്യം വായിക്കുമ്പോ ചിലപ്പോ പൊട്ടിയും പോവും ശരിക്കും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതുപോലെയാണ് ഈ യോഗവിദ്യയും നമുക്കത് വളരെ ദൂരത്തെ അതിസുന്ദരമായിട്ടിരിക്കുന്നു ആ സൗന്ദര്യം നമുക്ക് ആദ്യ ഒരു കച്ചേരി കേൾക്കുമ്പോ ആണല്ലോ ഇൻസ്പിറേഷൻ തോന്നുക അല്ലെ ഒരു സംഗീത കച്ചേരി കേൾക്കുമ്പോ ആരും സാപ്പാ സാപ്പടിക്കുന്ന ഒരു കുട്ടി പാടുന്നത് കേട്ട് ആർക്കും ഇൻസ്പിറേഷൻ ഉണ്ടാവില്ല നല്ലൊരു കച്ചേരി കേൾക്കുമ്പോ ഇൻസ്പിറേഷൻ ഉണ്ടാവും പക്ഷെ ഉടനെ പാടാൻ പറ്റില്ല ആദ്യം സാര അപസ്വരത്തിന് തുടങ്ങണം സുസ്വര അപസ്വരത്തിന് ആരംഭിക്കണം എന്നിട്ട് വേണം കീർത്തനങ്ങളിലേക്ക് വരാനും രാഗാലാപനവും ഒക്കെ ആ ഒരു പെർഫെക്ഷൻ വരാനായിട്ട് അപ്പോ അതേപോലെ ഒരു പക്ഷേ സംഗീത കച്ചേരി മാത്രമായിരിക്കാം ഇത് ഇപ്പോഴേക്ക് ഈ ഗീതായജ്ഞം എന്ന് പറയണം പക്ഷെ ആ സംഗീത കച്ചേരി നമുക്കൊരു പ്രചോദനമായാൽ നമ്മളെ അപസ്വരത്തു നിന്ന് ആരംഭിക്കണം ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ ചിലപ്പോൾ ക്ഷണം കൊണ്ട് സത്യത്തിലെത്താം എപ്പോ എത്തും എന്ന് പറയാൻ പറ്റില്ല ഈ അധ്യാത്മവിദ്യ ഞാൻ സംഗീതത്തിനോട് ഉപമിച്ചു എന്നല്ലാതെ ഇതിൽ വേറെ ഗുണമുണ്ട് ഒരു ദോഷമുണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ ഒരു വശമൂ ചിലപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് എത്തിക്കളയും ക്ഷിപ്രം ഭവതി ധർമാത്മാ ശത് ശാന് നികച്ചതി കൗന്യ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി ഭഗവാൻ തന്നെ പറയാണ് ക്ഷിപ്രംഭവതി ധർമാത്മാ കൈഞ്ഞൊടുക്കുന്ന വേഗത്തിൽ ദുരാചാരിയായിട്ടുള്ള ആളെയാ പറയണത് കേട്ടോ അല്ലാതെ സദാചാരിയല്ല നമ്മളുടെ വിചാരം സംഗീതത്വത്തിലൊക്കെ ആവുമ്പോ ഏതാൾക്കും കുറച്ച് വർഷം പഠിക്കണം അഭ്യസിക്കണമൊക്കെ വേണം പക്ഷെ ഈ അധ്യാത്മവിദ്യയിൽ ഭഗവാൻ പറയണത് അപിചേത് സുദുരാചാര ഭജത്തെ മാം അനന്യഭാക് സാധുരേവ സമന്തവ്യവസി സഹ ക്ഷിപ്രംഭവതി ധർമാത്മാഗതി കൗന്യ പ്രതിജാനീ നേ ഭക്ത പ്രണശ്യത്തി ഒരു പക്ഷേ നമുക്കിതൊക്കെ ഉദാഹരണങ്ങൾ സാധുക്കളുടെ ജീവിതത്തിൽ കാണാം ഒരാൾ പരമദുരാചാരിയായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും ആ ദുരാചാരമൊക്കെ വിട്ട് ഇയാൾ ഇയാൾ പതുക്കെ പതുക്കെ മോറൽ സയൻസൊക്കെ പഠിച്ച് സദാചാരമൊക്കെ അഭ്യാസം ചെയ്ത് ഓരോ ദുർഗുണങ്ങളായി അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ജന്മത്തിലൊന്നും പറ്റില്ല അല്ലെ ഭഗവാൻ പറഞ്ഞത് അപിചേ സുദുരാചാര ഏറ്റവും ദുരാചാരിയായ ഒരാളാണെങ്കിൽ പോലും കാരണം ഈ ദുരാചാരം സദാചാരം എന്നുള്ളത് രണ്ടും നമ്മളിലില്ല പ്രകൃതിയിലാണ് ഒരാൾ സദാചാരിയാണോ ദുരാചാരിയാണോ എന്നുള്ളതല്ല ഇവിടെ ലക്ഷ്യം ആ പ്രകൃതിയെ ആരാദ്യം ഉപേക്ഷിക്കണമോ അയാൾ സത്യം കണ്ടെത്തും അത്രയേ ഉള്ളൂ പ്രകൃതിയെ ആര് ആദ്യം കൈവിടുന്നു അയാൾ സത്യം കണ്ടെത്തും അയാൾ സദാചാരിയാണെങ്കിലും സത്യം കണ്ടെത്തും ദുരാചാരിയാണെങ്കിലും സത്യം കണ്ടെത്തും അതുകൊണ്ട് അത് വലിയൊരു ലാഭമാണ് ഇവിടെ പക്ഷെ എന്താ കുഴപ്പം നഷ്ടം എന്താന്ന് വെച്ചാൽ നല്ല സദാചാരിയാണെങ്കിൽ പോലും അയാൾ അയാളുടെ വിൽ പവറിലും എഫേർട്ടിലും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാളുടെ സദാചാരം മാക്സിമം അയാളെ വിഷമിപ്പിച്ച ശേഷം തന്റെ എഫേർട്ടിലുള്ള വിശ്വാസം വിട്ടുപോകുമ്പോഴേ അയാൾക്ക് സത്യം പ്രകാശിക്കും അതാണ് ഈ ധർമ്മപുത്രർക്കും അർജുനനും ഉള്ള വ്യത്യാസം ധർമ്മപുത്രർക്ക് ധർമ്മത്തിലാണ് വിശ്വാസം അർജുനന് ഭഗവാനിലാണ് വിശ്വാസം അതുകൊണ്ടാണ് ധർമ്മപുത്രർക്ക് തത്വോപദേശം ചെയ്യാതെ അർജുനന് തത്വോപദേശം ചെയ്തത് ഭഗവാൻ ധർമ്മപുത്രരല്ലേ കുറച്ചുകൂടെ യോഗ്യൻ എന്ന് നമുക്ക് തോന്നുന്നു ധർമ്മപുത്രർക്ക് കൃഷ്ണനോട് വിശ്വാസമൊന്നും കാര്യം അദ്ദേഹത്തിന് അദ്ദേഹം പഠിച്ചു വെച്ചിട്ടുള്ള ധർമ്മത്തിലാണ് വിശ്വാസം അതുകൊണ്ട് ഭാഗവതത്ത് പറയുന്നു ഇതൊന്നും എന്റെ വാക്കല്ല ഭാഗവതത്തിൽ ധർമ്മപുത്രർ കരയ യുദ്ധം കഴിഞ്ഞിട്ട് എന്നെ ഇങ്ങനെ സംഭവിച്ചുവല്ലോ എന്നെ ഇത്ര പേര് മരിച്ചുവല്ലോ ഉപദേശിക്കാൻ ആളില്ലേ കൃഷ്ണന് ഉപദേശിച്ചു കേട്ടില്ല വിലവച്ചില്ല എന്തിന് വ്യാസൻ ഉപദേശിച്ചു വിലവച്ചില്ല വ്യാസാദ്യൈ ഈശ്വരേഹാജ്ഞി കൃഷ്ണേന അത്ഭുതകർമ്മണ പ്രബോധിതോപി ഇതിഹാസൈ കിളിപ്പിള്ളയ്ക്ക് പറഞ്ഞു കൊടുക്കണ പോലെ അനക്ഡോട്സൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തു അത്ര ഇതിഹാസൈ പ്രബോധിതോപി നാബുദ്ധ്യത ശുചാർപ്പിതഹാണ് ദുഃഖത്തിനായിട്ട് തന്നെ വിട്ടുകൊടുത്തിരിക്കുക എന്നാണ് ധർമ്മപുത്രൻ ഇത്ര ബോധിപ്പിച്ചിട്ടും കേട്ടില്ല അർജുനൻ അർജുനന് തന്റെ അറിവിലോ തന്റെ ബുദ്ധിയിലോ ഒന്നും അത്ര കണ്ട അഭിമാനമില്ല അതുകൊണ്ടാണല്ലോ ശാതിമാം ത്വാം പ്രപന്നം എന്ന് പറയാനുള്ള വിനയം ഉണ്ടായത് അപ്പോ ദുരാചാര്യയാണെങ്കിലും ശരി സദാചാര്യ ആണെങ്കിലും ശരി ആരാദ്യം തന്റെ പ്രകൃതിയെ വിട്ട് പരമപുരുഷനായ ഭഗവാനെ പിടിക്കുന്നു അവൻ കരകയറും പ്രകൃതിയോടുള്ള സംബന്ധ മോക്ഷം മോക്ഷം എന്നുള്ളത് വേറെ ഒന്നുമല്ല പ്രകൃതിയോടുള്ള സംബന്ധ വിച്ഛേദം അതായത് ശരീരം മനസ്സ് ബുദ്ധി ഇതൊന്നും ഞാനല്ല എന്നറിഞ്ഞാൽ മോക്ഷം നമ്മളുടെ സ്വരൂപമാണ് ഞാൻ യഥാർത്ഥത്തിൽ എന്താണോ അത് സ്വയം പ്രകാശിക്കും ദേഹം ഞാനല്ല മനസ്സ് ഞാനല്ല ബുദ്ധി ഞാനല്ല അഹങ്കാരം ഞാനല്ല എന്നറിയുമ്പോ യഥാർത്ഥ ഞാൻ എന്താണോ അത് ഒരു തടസ്സം കൂടാതെ അകമെ ജ്വലിക്കും ഇതൊക്കെ ഞാനെന്ന് കരുതിക്കൊണ്ട് നമ്മൾ എത്ര സദാചാരികളായാലും അതൊക്കെ ഉപനിഷത്തു പറയുന്നു ഓട്ടത്തോണിയിൽ ദ്വാരമുള്ള തോണിയിൽ സമുദ്രം കടക്കാൻ പോണ പോലെയാണെന്ന് പ്ലവാഹ്യേതേ അദൃഢാ യജ്ഞരൂപാഹ അഷ്ടാദശോക്തം അവരം യേശു കർമ്മ ഏതശ്രേയേ അഭിമന്യന്തി മൂഢാഹ ജരാമൃത്യും തേ പുനരേവാപിയന്ത ഞങ്ങൾ ഞങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ടും ഞങ്ങളുടെ ആചാരങ്ങൾ കൊണ്ടും ഒക്കെ കരകയറാം എന്ന് വിചാരിച്ചാൽ പ്ലവാഹ ഈ തോണികളുണ്ടല്ലോ ബലം പോരാത്ത തോണികളാണ് അദൃഢ ദാർഢ്യമില്ല ഇതിന് കർമ്മകാണ്ഡത്തിന് സത്യത്തിനോട് അടുപ്പിക്കാൻ സാധ്യമല്ല അദൃഢ യജ്ഞരൂപാഹ അഷ്ടാദശോക്തം പതിനെട്ട് വിധത്തിൽ പറയപ്പെട്ടിട്ടുള്ള ഈ കർമാനുഷ്ഠാനങ്ങളൊക്കെ തന്നെ ഇവിടെ വിട്ടിട്ട് പോകേണ്ടി വരും അതൊക്കെ ചിറ്റശുദ്ധിക്ക് കൊള്ളാം അതിൽ കൂടുതൽ അതൊന്നും ചെയ്യില്ല ഏതത് ശ്രേയഹ ഇതാണ് ശ്രേയസിനുള്ള മാർഗം എന്ന് ആര് കരുതുന്നുവോ ഏ അഭിമന്യന്തി മൂഢാഹ എന്നാണ് ഏതൊരു മൂഢന്മാർ അങ്ങനെ അഭിമാനിക്കുന്നുവോ ജരാമൃത്യും തേ പുനരേവാപിയന്തി വീണ്ടും വീണ്ടും വാർദ്ധക്യം മരണം ജനനമെന്ന് അത്യധികം ക്ലേശിക്കേണ്ടി വരും രണ്ട് ധർമ്മമുണ്ട് ഒന്ന് ശാശ്വതമായ ധർമ്മം അത് ഹിന്ദുമതത്തിന് മാത്രമല്ല ഇസ്ലാമായാലും ക്രിസ്തു മതമായാലും ബുദ്ധമതമായാലും ഏത് മതത്തിനും അത് തുല്യമാണ് സൂക്ഷ്മമായി നോക്കുമ്പോൾ എവിടെയും അതിനെ സാക്ഷാത്കരിക്കും ഒന്ന് ദേശകാലത്തിനനുസരിച്ചിട്ടുള്ള ആചാരങ്ങൾ അതാണ് ഒരു മതത്തിനും ഒരു മതത്തിനും മാറ്റം വരുന്നത് അതെല്ലായിടത്തും കാണും ഒന്ന് ശ്രുതി ഒന്ന് സ്മൃതി എന്ന് വെച്ചോളാം ശ്രുതി മാറുകയേയില്ല ശ്രുതി മാറുകയേയില്ല ആ മാറാത്ത തത്വത്തിനെയാണ് ഭഗവാൻ ഇവിടെ ബോധിപ്പിക്കുന്നത് ആ തത്വം ആർക്കും തുല്യം ആ സത്യം ആർക്കും അറിയാം അതെല്ലാവർക്കും തുറന്നു വെച്ചിട്ടുള്ള പാതയാണ് ആ സത്യം അറിയാതെ വേറൊരു വഴിയും ഇല്ലാതാണിതിൽ ഈ ഒരു ഡോറല്ലാതെ വേറൊരു ഡോർ ഇല്ല അവിടെ ഈ സത്യത്തിനെ അറിഞ്ഞാൽ ശാന്തി അവന്റെ സ്വരൂപമായിട്ട് തീരും ആ ശാന്തി നേടിയവനെക്കുറിച്ച് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ അതിമനോഹരമായിട്ടൊരു വർണ്ണന ആ ശ്ലോകം നമ്മളിങ്ങനെ ചൊല്ലുമ്പോൾ തന്നെ നമുക്ക് ആ ഭാവം നമ്മളുടെ ഉള്ളിൽ വരും അടുത്ത ശ്ലോകം നോക്കാം വിഹായ കാമാന്യ സർവാൻ പുമാൻ ശരതി നിസ്പൃഹ നിർമ്മമോ നിരഹംകാരം സാന്തിമധിഗതി ഒരിക്കൽ കൂടെ ഈ ശ്ലോകം ചൊല്ലാം ഈ ശ്ലോകത്തിൽ തന്നെ അതിന്റെ രസമുണ്ട് നിർമ്മമോ നിരഹം കാരാന്തിമധിഗതി മാൻ സകല കാമനകളെയും അകമേ നിന്നും വിട്ടിട്ട് ഏതൊരു പുരുഷനാണോ നിസ്പൃഹാ ചരതി ഉണങ്ങിയല കാറ്റിൽ പറക്കണ പോലെ കാറ്റ് എങ്ങോട്ട് അടിക്കണോ ഉണങ്ങിയല അങ്ങോട്ട് പറക്കും അതുപോലെ യാതൊന്നിലും ഒരു വെയിറ്റുമില്ല വെയിറ്റ് ഉള്ളപ്പോഴാണല്ലോ ഒരിടത്ത് കിടക്കണത് വെയിറ്റ് ഇല്ലെങ്കിൽ പറന്ന് നടക്കും അതുപോലെ നിസ്പൃഹ ഒന്നിനോടും സ്പൃഹയില്ലാതെ ഒരു ജീവൻമുക്ത പുരുഷൻ ലോകത്തിൽ സഞ്ചരിക്കുന്നു നിർമമോ നിരഹങ്ക അയാൾക്ക് മമതയും ഇല്ല അഹന്തയും ഇല്ല ഈ മമതയും അഹന്തയുമാണ് കയറില്ലാതെ നമ്മളെ കെട്ടിയിടുന്നത് ഞാൻ എന്തോ ആണെന്നുള്ള വിചാരവും ഇല്ല എന്റേതായിട്ട് പല വസ്തുക്കളുണ്ടോ എന്നുള്ള വിചാരവും ഇല്ല നിർമമോ നിരഹങ്കാരഹ അയാളുടെ സ്വാതന്ത്ര്യത്തിന് എന്തു പറയാം നാഗാർജുനൻ എന്ന് പറയുന്ന ബൗദ്ധ ഭിക്ഷു അവധൂതനായിട്ട് സഞ്ചരിക്കുമ്പോ അയാളോട് ഒരു രാജാവിന് വളരെ പ്രിയം തോന്നി ഒരു സ്വർണ്ണ ഭിക്ഷാപാത്രം അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം ആ സ്വർണ്ണഭിക്ഷാപാത്രവും എടുത്തുകൊണ്ട് നടന്നു നടന്നപ്പോ എല്ലാരും നോക്കേണ്ട ഒരു ഭിക്ഷു സ്വർണ്ണഭിക്ഷ അദ്ദേഹത്തിന് എന്താ സ്വർണ്ണഭിക്ഷാപാത്രം കൊണ്ട് നടന്നു രാത്രി ഒരു മരത്തിന്റെ ചുവട്ടിൽ അദ്ദേഹം കിടക്കുകയാണ് കിടക്കുമ്പോ ഒരു കള്ളൻ പതുങ്ങി പതിങ്ങി പതിങ്ങി പതുങ്ങി നടക്കേണ്ടത് കുറച്ചു നേരം നോക്കി ഇവൻ ഇടയ്ക്കിട ഈ സ്വർണപാത്രത്തിൽ ഇങ്ങനെ നോക്കും അവനെ വിളിച്ചു അത് കൊണ്ടുപോകും ഇല്ലെങ്കിൽ നീ എന്റെ ഉറക്കം കേടുവരുത്തു കൊറച്ചേഞ്ചും കൊണ്ടുപോകും പറഞ്ഞ് കൊടുത്തു സന്തോഷമായിട്ട് കൊടുത്തു അടുത്ത ദിവസം ആ കള്ളൻ ആ സ്വർണപാത്രവുമായിട്ട് തിരിച്ചു വന്നിട്ട് നാഗാർജുനനെ നമസ്കരിച്ചു പറഞ്ഞു അത്രേ അങ്ങ് ആ പാത്രം തന്നപ്പോ ഞാൻ പരമദരിദ്രനാണെന്നും അങ്ങ് ഒരു ചക്രവർത്തിയാണെന്നും എനിക്ക് തോന്നി ആ കൊടുത്ത ഭാവം ഇത്തരത്തിൽ ഒന്നുമില്ലാതെ അവധൂതനായി നടക്കുന്ന അങ്ങയ്ക്ക് ഈ ചക്രവൃത്തി പദം എവിടുന്ന് കിട്ടി ഈ ചക്രവർത്തിയെ പോലെ ഒരു സ്വാതന്ത്ര്യം എവിടുന്ന് കിട്ടി അതെനിക്കും അല്പം പറഞ്ഞു തരണം എങ്ങനെ സാധിച്ചു അത് നടും യാതൊന്നിലും സദാസ്വതന്ത്രം ആ സർവസ്വാതന്ത്ര്യം എവിടുന്ന് കിട്ടി അതെനിക്കും അല്പം പറഞ്ഞു തരൂ യഥാ സർവേ പ്രമുച്ഛന് കാമാശ്രിതാഹ അഥമർത്യോ അമൃതോഭവത്തി അത്ര ബ്രഹ്മസമു എപ്പോഴാണോ ഹൃദയത്തിലുള്ള കാമനകൾ മുഴുവൻ അവനെ വിട്ടുപോകുന്നത് അപ്പൊ മർത്യൻ അമൃതോപതി എന്നാണ് അവൻ അമൃതനായിട്ട് തീരുന്നു ഇവിടെ ഇപ്പൊ ശരീരത്തിലിരിക്കുമ്പോ ബ്രഹ്മത്തിനെ അനുഭവിക്കുന്നു ബ്രഹ്മത്തിനെ പ്രാപിക്കുന്നു ബ്രഹ്മപഥത്തിൽ ഇരിക്കുന്നു അത്ര ബ്രഹ്മസമുതി ആ സ്ഥിതിയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ഒന്നിലും ഒരു പറ്റില്ല വെയിറ്റില്ല വിഹായകർവാന് ിരത മൂലനിവാസ്യൂതലം അജിനം വാസം സർവപരിഗ്രഹം ഭോഗത്യാഗുഖം ആചാര്യസ്വാമികൾ നമ്മൾ ലോകത്തില് എന്തൊക്കെ വേണം നമുക്ക് സുഖമായിട്ടിരിക്കണെങ്കിൽ എല്ലാം എത്ര കണ്ട് പരിഗ്രഹമുണ്ടോ അത്ര കണ്ട് ആളുകളെ കണ്ട് അവരെത്ര സുഖമായിരിക്കണോ നമ്മൾ പറയും ഇവിടെ ആചാര്യസ്വാമി പറയണു ഒരു ആലുമരത്തിന്റെ ചോട്ടിൽ തലയ്ക്ക് കൈവെച്ച് കിടക്കണോ അത്ര സുരമന്ദിര ഒരു അമ്പലത്തിന്റെ ഒരു വൃക്ഷം അല്ലെങ്കിൽ അമ്പലത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് തലയ്ക്ക് കൈവെച്ച് കിടക്കാൻ അത്ര ഒരു യോഗി മൂലനി വാസ്യാഭൂതലം എന്താ ഉടുക്കാനോ അജിനം വാസ മരത്തിന്റെ തോല് സർവപരിഗ്രഹ ഭോഗത്യാഗ ഒരു പരിഗ്രഹം അയാളെ കയ്യിൽ കരുതി വെക്കണില്ല ശരീരമേ ഞാനെന്ന് കരുതിയാൽ അതേ ഒരു പരിഗ്രഹം ഇവിടെ പരിഗ്രഹത്യാഗം എന്ന് വെച്ചാൽ ഒന്നും എന്റേതായിട്ടില്ല എന്ന് ഉറപ്പിച്ചാൽ മതി കസ്യസുഖം കരോതി വിരാഗ ആ സുഖം എവിടെ കിട്ടും യാതൊന്നും തന്റേതല്ല എന്ന് ആർക്കുറപ്പുണ്ടോ അയാളുടെ വിരക്തി സ്ഥിതിയെക്കുറിച്ച് എന്ത് പറയാം അയാൾക്ക് ഒന്നിനെ കുറിച്ചും വിഷമില്ല നമ്മളുടെ സ്വത്ത് എവിടെയുണ്ടോ അവിടെ നമുക്ക് പോകുമോ എന്നുള്ള പേടിയുണ്ട് നമുക്ക് സ്വന്തമായി ഇവിടെ ഒന്നുമില്ല ആർക്ക് ഉറപ്പുണ്ടോ ഉള്ളുകൊണ്ട് ഉറപ്പിച്ചാൽ മതി പിന്നെയും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് സാധാരണ ഗൃഹസ്ഥന്മാർക്ക് ബാഹ ബാഹ്യത്തെ ആകും വേണ്ട യതികളുടെ ഈ ഇതൊക്കെ നമുക്ക് ഒരു ഒരു അനുഭൂതി രസം ഊറാൻ വേണ്ടിയിട്ട് പറയുകയാണ് നമുക്ക് ബാഹ്യമായിട്ടൊന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല പക്ഷേ പതുക്കെ ഒരു കാര്യം പഠിച്ചാൽ മതി എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോ ദുഃഖിക്കാതിരിക്കാൻ ആദ്യം പഠിച്ചാൽ മതി അപ്പോയി എന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോ കാശിയില് സപ്താഹം നടന്നപ്പോ ഒരു കഥ പറഞ്ഞു നാട്ടിൽ നിന്ന് കുറെ ആളുകൾക്കും അങ്ങരുന്നു കാശിയില് സപ്താഹം നടന്നപ്പോ പാക്കനാരുടെ കഥ കുറഞ്ഞു പാക്കനാർ ഒരിക്കലും രണ്ട് യാത്രികൾ യാത്രികന്മാര് പോകുമ്പോ ഒരു പൊന്തക്കാട്ടിനുള്ളിൽ നിന്ന് ഓടി വരികയാണ് വരുന്നു അവിടെ ആളക്കുല്ലി ഉണ്ടട്ടോ അങ്ങോട്ട് പോണ്ടെന്ന് പറഞ്ഞു പാക്കനാർ ഇവരവിടെ പോയി നോക്കുമ്പോ ഒരു പെട്ടി നിറയെ സ്വർണം ഇതിനാണ് ഇയാൾ പാളക്കൊല്ലി എന്ന് പറഞ്ഞത് ഇവർ വിചാരിച്ചു നല്ല മടയൻ ആ പെട്ടി സ്വർണം എടുത്തുകൊണ്ട് പോയി രണ്ടുപേരും കൂടെ രണ്ടുപേരും രണ്ട് യാത്രികന്മാരാണ് ഒരു സത്രത്തിൽ താമസിച്ചു രണ്ടുപേരും ഒരു മുറി എടുത്ത് താമസിച്ചു ഒരാൾ ധരിച്ചു ഇവനെ കാച്ചിയ നാൾ അത് മുഴുവൻ എനിക്കാവും മറ്റാളും അത് തന്നെ ധരിച്ചു രണ്ടുപേരും പരസ്പരം പാലിൽ വിഷം കലക്കി കൊടുത്തു അങ്ങടും ഇങ്ങോട്ടും ഓഫറിംഗ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു രാവിലെ കഴിഞ്ഞിട്ട് രണ്ടും അവിടെ ചത്ത് കിടക്കണു അവിടെ തന്നെ ഉണ്ട് അപ്പൊ ഇതാണ് ഒരു കഥ അപ്പൊ എന്തിനു പറയണു ഈ കഥ കാശിയിൽ വെച്ച് പറഞ്ഞു സപ്താഹം കേക്കാൻ വന്നു ഒരു അമ്മ വീട്ടിൽ തിരിച്ചു വന്നപ്പോ അവരുടെ മഠത്തില് മോഷണം പോയി ഒരു പത്ത് പതിനഞ്ച് പവനോളം പോയി അപ്പൊ എതിർച്ച അവരുടെ വീട്ടില് ഈ വാർത്ത അറിഞ്ഞു ഞാൻ പോയപ്പോ എന്നോട് അവര് പറയാ ആളെ കൊല്ലി പോയി കിട്ടിയെന്നാണ് ഇതിപ്പോ എന്തായി ഈ സത്സംഗത്തിന്റെ ബലം കൊണ്ട് ദുഃഖം പോയി അതാണ് പോസിറ്റീവായിട്ടൊരു ഒന്നും ഉപേക്ഷിക്കൊന്നും വേണ്ട അതായിട്ട് പ്രാരബ്ധവശാൽ പോയപ്പോ ദുഃഖം ഉണ്ടാവേണ്ട സ്ഥാനത്ത് ഒരു സമാധാനമോ ഒരു സന്തോഷമോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്വീകരിക്കാൻ ഉള്ള ഒരു തയ്യാറെടുപ്പോ ഉണ്ടായിരുന്നു അത്രേയുള്ളൂ അത് പോയി കിട്ടി അല്ലെങ്കിൽ എത്ര വിഷമിച്ചിട്ടുണ്ടാവും സ്വർണം വലുതാണെന്ന് ധരിച്ച് അതാണ് ഭോഗ ഈശ്വര്യം പ്രസക്തമാണെന്നും അത് വലുതാണ് അത് നഷ്ടപ്പെട്ടു പോയി അതിനെത്ര രൂപയുണ്ടാവും എന്തൊക്കെ ധരിച്ച് വിഷമിക്കും അപ്പോ അറിവ് എന്ത് ചെയ്യുന്നു ബലം തരുന്നു വിദ്യയാ വിന്ത വീര്യം ആത്മനാ വിന്ദതെ വീര്യം വിദ്യയാ വിന്ദതെ അമൃതം വിദ്യ എന്ന് പറയുന്നത് ഒരു തരത്തിൽ ബലമാണ് ഈ അറിവ് ഒരു ബലത്തിനെ അകമേക്ക് തരുന്നു അങ്ങനെയുള്ളവൻ ലോകത്തിൽ യാതൊന്നിലും പറ്റിക്കൂടാതെ നിർമമോ നിരഹങ്ക മമതയും അഹങ്കൃതിയും ഇല്ലാതെ സ്വതന്ത്രനായിട്ട് ലോകത്തിൽ സഞ്ചരിക്കുമ്പോ സശാന്തി അതികച്ചതി ആ യോഗി നിത്യനിരന്തരമായ അകമേക്ക് അനുഭവിക്കുന്ന ആ ശാന്തിയെ ഭഗവാൻ ബ്രാഹ്മി സ്ഥിതി എന്ന് വിളിക്കുന്നു അത് തന്നെ ആത്മാനുഭവം അതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അവസാനത്തെ ശ്ലോകം അടുത്ത ശ്ലോകത്തിൽ പറയുന്നു അർജുന ഈ ബ്രാഹ്മി സ്ഥിതി മരിക്കുന്നതിനു മുമ്പെങ്കിലും സ്വന്തമാക്കി സർവതോ ഭദ്രമാക്കി ഉറപ്പിക്കണം എന്നാണ് അർഹമേക് എന്നുവെച്ചാൽ ഒരു കാരണവശാൽ നഷ്ടപ്പെടാത്തത് അതായത് കോമാസ്റ്റേറ്റ് കൊണ്ടോ ശരീരവേദനകൾ നഷ്ടപ്പെടാത്തതായി തീരണം എന്നാണ് എന്ന് മനസ്സിന്റെ മണ്ഡലത്തിലുള്ള നമ്മുടെ അനുഭൂതിയും വിചാരങ്ങളും ശരീരത്തിന്റെ മണ്ഡലത്തിലുള്ളത് ശരീരത്തിന് വേദന വന്നാൽ പോകും മനസ്സിന്റെ മണ്ഡലത്തിലുള്ള ഭാവന കൊണ്ട് നിൽക്കുന്നതൊക്കെ ഒരു ക്ലോറോഫാം കൊടുത്താൽ പോകും ഒരനസ്തീഷ്യ കൊടുത്താൽ അഫക്റ്റഡ് ആകും അതിനും പുറകിൽ യഥാർത്ഥമായ ബോധമണ്ഡലത്തിൽ ഒന്നുകൊണ്ടും സ്പർശിക്കപ്പെടാതെ ഒരു വസ്തു ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെട്ടൂ എന്ന് നമ്മൾ പറയാൻ പറ്റുള്ളൂ ആ ബോധമണ്ഡലത്തിൽ ഒരു വീട് അതാണ് യേശുക്രിസ്തു പറയണത് ഒരാള് മണലിൽ എന്താണ് ഫൗണ്ടേഷൻ ഇല്ലാതെ വീട് കെട്ടി ഒരാൾ ആഴത്തിൽ ഫൗണ്ടേഷൻ ഇട്ടിട്ട് വീട് കെട്ടി എന്ന് പറഞ്ഞു ഒരാളുടെ വീട് കാറ്റടിച്ചപ്പോൾ പറഞ്ഞുപോയി ഇത് അധ്യാത്മ അനുഭൂതിയെ പറയാണ് അവളുടെ അനുഭൂതി പുറമേക്ക് കുറെ പൂജയും അനുഷ്ഠാനങ്ങൾ അതുമാത്രമായിട്ട് നിന്നാൽ അകമയ്ക്ക് അതൊക്കെ വിട്ടുപോയി ഒരു ദുഃഖവും ബാക്കി നിൽക്കും ചിലപ്പോൾ അവസാനം ഒന്നും വയ്യാതെ കിടക്കുമ്പോൾ ഒന്നും വയ്യല്ലോ പൂജയും വയ്യാവും ജപിക്കാനും വയ്യ അതൊരു ദുഃഖം പിന്നെ അകമയ്ക്ക് പോയിട്ടില്ലെങ്കിൽ ഈ പുറമേക്കുള്ളതൊക്കെ പുറമേക്ക് തന്നെ നഷ്ടപ്പെട്ടു പോകും അപ്പോ ബോധമണ്ഡലത്തിൽ വീട് കിട്ടിയാൽ ബോധമണ്ഡലത്തിൽ ഒരു ആസ്ഥാനം കണ്ടെത്തിയാൽ അത് ശരീരം വിട്ടുപോയാലും മനസ്സ് നമ്മളെ ചതിച്ചാലും ചതിക്കാത്ത അനുഭൂതിയായിട്ടിരിക്കും ആ അനുഭൂതി മണ്ഡലത്തിലാണ് ഭഗവാൻ ഇവിടെ ബ്രാഹ്മീ സ്ഥിതി എന്ന് പറയുന്നത് നോക്കാം ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥാ വിമുഹ്യത സ്ഥിത് അന്ത ബ്രഹ്മ നിർവാണമൃതി എഴാ ബ്രാഹ്മീ സ്ഥിതി പാർ നയനാ വിമുഹ്യ സ്ഥിവാ സാ അന്ത ിംഗം ബ്രാഹ്മി സ്ഥിതി അംബിക അനേക പേരുകളിൽ ഒരു പേരാണ് ബ്രാഹ്മി എന്നുള്ളത് അവൾ ശക്തി സ്വരൂപിണി ജ്ഞാനസ്വരൂപിണി ആയിരിക്കുമ്പോ ദേവിയെ ബ്രാഹ്മി എന്ന് വിളിക്കും അത് തന്നെ മറ്റൊരു പേര് ശാരദ എന്ന് പേര് ബ്രാഹ്മീ സ്ഥിതി വാർത്ത ഹേ അർജുന ഈ നഷ്ടപ്പെട്ടു പോകാത്ത ഈ അനുഭൂതി ഉണ്ടല്ലോ ഇതിനെ ബ്രാഹ്മീ സ്ഥിതി എന്ന് വിളിക്കുന്നു ന ഏനാം ഈ ബ്രാഹ്മീ സ്ഥിതിയെ പ്രാപിച്ചാൽ ന വിമുഖ്യ ഒരിക്കലും മോഹത്തിൽപ്പെട്ടുപോകില്ല മോഹത്തിൽ പെട്ടുപോകുന്നുവെച്ചാൽ വീണ്ടും അത് നഷ്ടപ്പെടുത്തി കളയുന്നർത്ഥം നഷ്ടപ്പെടുത്തി കളയില്ല മരിക്കുന്ന സമയത്തെങ്കിലും ഇത് ഉറപ്പ് മരിക്കുന്ന ആളുകളോട് പോയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു സഹായം എന്താ ഈ തത്വം നമുക്ക് സാധിക്കുമെങ്കിൽ ബോധിപ്പിക്കുക അല്ലെങ്കിൽ ശാസ്ത്രങ്ങളിൽ നിന്നെടുത്ത് വായിച്ചെങ്കിലും അവർക്ക് കേൾപ്പിക്കുക അവരുടെ അടുത്ത് ചെന്ന് കരയരുത് ഒരുപക്ഷെ പാശത്ത് നോക്കു വിട്ടുപോകണം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോലും നമ്മൾ കരഞ്ഞാൽ ചിലപ്പോൾ പാശം വന്നു പോകും അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ ആദ്യമേ ഒരു പ്രോമിസ് വാങ്ങിച്ചുകൊണ്ട് പറയണത് ഹേ പരമേശ്വരം ഞാൻ മരിക്കാൻ കിടക്കുമ്പോ ഭാര്യയും കുട്ടികളും ഒക്കെ അടുത്ത് വന്ന് അപ്പൊ വന്ന് കരയും അമേരിക്കയിൽ ഉണ്ടാവും ആ സമയത്ത് വരും അവതാരം അല്ലെങ്കിൽ ഒരു അഞ്ചു വർഷത്തിൽ വന്നിട്ടുണ്ടാവില്ല മരിക്കാൻ കിടക്കുന്ന സമയത്ത് നമ്മളെ വീണ്ടും വലിക്കാനായിട്ട് വന്ന് എന്നെ വിട്ടുപോണോ അച്ചാ എന്ന് ചോദിച്ചാ അയ്യോ മകന് എന്തോരു സ്നേഹം തോന്നിപ്പോയി പിന്നെ വരണം ഇവിടെ തന്നെ അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ പറഞ്ഞു ഭഗവാനേ അതിഭീഷണ കടുഭാഷണ യമകിങ് കരപടലി കൃതാടന പരിപീടന മരണാഗമസമയ ഉമയാ സഹ മമ ചേതസി യമശാസന നിവസൻ ഹര ശങ്കര ശിവശങ്കര ഹര മേ ഹര ദുരിതം ആ മരണസമയത്ത് യമകിങ്കര പട്ടലി വന്ന് വലിക്കുന്നു എന്താ വ്യാധിയായിട്ടും അതും ഈ വേദന ഉണ്ടാവാൻ വാസനകൾ കാരണം അപ്പോ അടുത്തുള്ളവരെന്ത് ചെയ്യുന്നു ദയിതാ മമ ദുഹിതാ മമ ജനനീ മമ ജനകോ മമകൽപ്പിത മതിസന്തതി മറുഭൂമിഷുനിരതം എന്റെ ഭാര്യ എന്റെ കുട്ടികള് എന്റെ അച്ഛൻ എന്റെ അമ്മ എന്റെ സമ്പത്ത് എന്നൊക്കെ തോന്നിയിട്ട് അത് മരുഭൂമിയിൽ കാണുന്ന വെള്ളം പോലെ കള്ളമാണെന്ന് അറിയാതെ ഞാൻ അതിൽ പെട്ടുപോയാൽ ദുരിതം വന്നു പോവും അതുകൊണ്ട് ആ ദുരിതം വന്നു പോവാതെ ആ സമയത്ത് ഗിരിജാസഹ ഗിരിജാസഖനായിട്ടുള്ള ഭഗവാനെ എന്റെ മുമ്പിൽ വന്ന് എനിക്ക് ശരണം തരണം അപ്പോ ആദ്യമേ ഉള്ള ഒരു പ്രാർത്ഥനയാണ് ഈ ആദ്യമേ ഉള്ള പ്രാർത്ഥന എന്ന് വെച്ചാൽ എന്താ അർത്ഥം നമുക്ക് ശരീരത്തിന് ബലമുള്ളപ്പോ മനസ്സിന് ബലമുള്ളപ്പോ ഇന്ദ്രിയങ്ങൾക്ക് ബലമുള്ളപ്പോ ഭഗവാനെ ധ്യാനിച്ച് ഹൃദയത്തിൽ ഉറപ്പിച്ചാൽ മനസ്സിന് ബലമില്ലാതാവുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് ബലമില്ലാതാവുമ്പോ പക്ഷെ ബുദ്ധിക്ക് ബലമില്ലാതാവുമ്പോ ഉറപ്പിച്ചു വെച്ച ആ ധ്യാനം നമ്മളെ വന്ന് പിടിക്കും ആദ്യം നമ്മൾ അങ്ങോട്ട് പിടിക്കണം എന്നിട്ട് നമ്മൾ വിട്ടാൽ അത് നമ്മളെ ഇങ്ങോട്ട് വന്ന് പിടിക്കും അതാണ് നിയമം അല്ലാതെ നമ്മൾ പിടിക്കാതെ അത് പിടിക്കില്ല ആദ്യം യു ഹാവ് ടു ചൂസ് ഹിം ദീ വിൽ ചൂസ് യു ആദ്യം നമ്മൾ അങ്ങോട്ട് പിടിച്ച് ശ്രമിക്കുക എന്നിട്ട് മറന്നു കളഞ്ഞാൽ രാമകൃഷ്ണ പരമഹംസ തന്റെ പല ഭക്തന്മാരോടും പറഞ്ഞിട്ടുണ്ട് ചിലർക്കൊക്കെ അദ്ദേഹത്തിന്റെ കൃപ കൊണ്ട് സാധന ചെയ്ത് അല്പം സമാധി അനുഭവം വന്നവര് അതിലൊരമ്മ ആ സമാധി അനുഭവത്തിൽ നിന്നും ചുധിച്ചു പോയിട്ട് പേരെ കുട്ടിയെ അദ്ദേഹത്തിന് ബന്ധത്തിൽ രാമകൃഷ്ണദേവൻ പറഞ്ഞു കുഴപ്പമില്ല നീ ഒരു വീട് കണ്ടെത്തി കഴിഞ്ഞു ഇനിയിപ്പോ അല്പസ്വല്പം പ്രാരബ്ദം കാരണം വേദനിച്ചാൽ പോലും ആ അനുഭവം ഉണ്ടല്ലോ അത് മരണസമയത്ത് നിനക്ക് വീണ്ടും വരും എന്നാണ് എന്നുവെച്ചാൽ ഒരിക്കൽ ആ സ്ഥാനം കണ്ടെത്തിയ ആൾക്ക് നഷ്ടപ്പെട്ടു പോകില്ല അപ്പോ എന്തുവേണം ശരീരത്തിന് ബലമുള്ളപ്പോ മനസ്സിന് ബലമുള്ളപ്പോ ഭർതൃഹരി പറയണു അപ്പൊ ചെയ്യണം അല്ലാതെ വീടിന് തീ പിടിച്ച ശേഷം കിണർ കുഴിക്കാൻ പുറപ്പെടരുത് എന്ന് സന്ദീപ്തേ ഭവനേതു കൂപ്പഖനനം പ്രത്യുദ്ധമാക്കീദൃശ് ഭവനം തീ പിടിച്ച് നല്ല തീ പിടിച്ച് അങ്ങനെ കത്തി എരിയുമ്പോ ആ സമയത്ത് കിണർ കുഴിക്കാൻ പോയാൽ എന്ത് പ്രയോജനം അതുകൊണ്ട് ശരീരത്തിന് ബലമുള്ളപ്പോ തന്നെ ഈ സത്യത്തിനെ ഒന്ന് ഉറപ്പിച്ചാൽ ഏഷാ ബ്രാഹ്മി സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഖ്യത്തി സ്ഥിത്വാസ്യാം അന്ധകാലേ പി മരണസമയത്തെങ്കിലും എന്ന് മാത്രമല്ല മരണസമയത്തും ഇത് ഉറപ്പുണ്ടാവണം ബാക്കിയുള്ള സമയത്തും അത് ധ്യാനം ചെയ്യണം അങ്ങനെയാണെങ്കിൽ ബ്രഹ്മനിർവാണ വൃക്ഷത്തി മരിക്കുമ്പോ അഗോധമായ ഒരു ശാന്തിയുടെ ലോകത്തിലേക്ക് ഈ ജീവൻ പ്രവേശിക്കും അല്ലെങ്കിലോ അനേക ആഗ്രഹങ്ങളോടുകൂടെ ശരീരം വിടുകയാണെങ്കിൽ ൂരി ഇരുട്ടിന്റെ ലോകത്തിലേക്കായിരിക്കും പ്രവേശിക്കുന്നത് അന്ധം തമിശന് അജ്ഞാനികളായിട്ടുള്ളവർ ഇരുട്ടിൽ പോകുമെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിട്ടും അല്പം അഭ്യസിച്ച് അനുഭൂതി മണ്ഡലത്തിലേക്ക് പ്രവേശിക്കാത്തവർ അതിനേക്കാളും പൂരാക്കൂരി ഇരുട്ടിൽ പോകുന്നു എന്താന്ന് വെച്ചാൽ ഇത് അറിഞ്ഞില്ലല്ലോ എന്നൊരു വിഷമം വരെ നിൽക്കും അവിടെ അതുകൊണ്ട് പ്രകാശത്തിന്റെ ലോകം തുറന്നിരിക്കുക നമ്മളുടെ മുമ്പിൽ ജ്യോതിഷിന്റെ ലോകം നമ്മളുടെ മുമ്പിൽ തുറന്നിരിക്കുകയാണ് അതിലേക്ക് നടക്കണോ ഇരുട്ടിനുള്ള ലോകത്തിലേക്ക് നടക്കണോ എന്നുള്ള സ്വാതന്ത്ര്യം ഭഗവാൻ നമുക്ക് തന്നിരിക്കണം ഭഗവാൻ പറയാണ് പ്രകാശത്തിന്റെ ലോകത്തിൽ നടന്നവൻ ബ്രഹ്മനിർവാണം റിച്ച് അവൻ ബ്രഹ്മനിർവ്വാണത്തിലേക്ക് പ്രവേശിക്കുന്നു നിർവാണം എന്ന് വെച്ചാൽ പൂർണ്ണതയുടെ അനുഭവം എന്നർത്ഥം സാധാരണ നിർവ്വാണം എന്ന് വെച്ചാൽ വഴുകുതിരി കത്തിപ്പോണ പോലെ കർപ്പൂരം കത്തിപ്പോണ പോലെ അല്പം പോലും ബാക്കി നിൽക്കാതെ ഉള്ള ഡിസപ്പിയറൻസ് ആണ് ഇവിടെ ആ ഡിസപ്പിയറൻസ് ഇവിടെ എന്താണ് പൂർണതയുടെ അനുഭവമാണ് പൂർണാനുഭൂതിയാണ് ആ പൂർണാനുഭൂതി നമ്മളുടെ സ്വസ്വരൂപമാണ് അതിന് തന്നെ ഭഗവാൻ ബ്രഹ്മനിർവാണം എന്ന് പറഞ്ഞു ആ ബ്രഹ്മനിർവ്വാണം ശരീരമിരിക്കുമ്പോഴേ ആര് നിരന്തരം അനുഭവിക്കുന്നുവോ അവനെ ഭഗവാൻ സ്ഥിതപ്രജ്ഞൻ എന്ന് വിളിച്ചു ീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദം സാഖ്യയോഗോ നാമ ദ്വിതീയോധ്യായം ഇങ്ങനെ സ്ഥിതപ്രജ്ഞലക്ഷണം എന്ന ഗീതയുടെ അന്തസത്തയായിട്ടുള്ള ഭാഗം നമ്മൾ ഇപ്രാവശ്യം പ്രഭാഷണത്തിൽ കണ്ടു ഇപ്പൊ നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് നിർത്താം അതിനു അതിനു മുമ്പ് ഇവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നമസങ്കീർത്തനം ചേർത്ത്